അവരുടെ മകാമിലേക്ക് പോലെ അതുകൊണ്ട് നല്ല മണി പറഞ്ഞ് നേരെ നാല് പകുതി അതാതിൽ മനസ്സിലും ില്ല അന്നാലും ആരെങ്കിലും ചനിച്ചാൽ നിങ്ങൾ അന്നാലും ആല്പത്തിന്റെ ഭാഗത്തിലേക്ക് ഏറെ ആക്കിക്കളയുന്നു അവഗണിച്ചു കളയുന്നു അതിലുള്ള കാരണം എന്താണെന്നറിയോ കൊല്ലും ولا ما فهم ولا علما وراء علمه متاجبا أنبعية المراكبين على يسمى عالما وطالبين كل الورور تم جراء ونكعر النوحا ليس فارق فهمهي فهم والأول فهم إلا فارق فارق فهم الله لا نطلق فهم إلا فهم إلا فارق فهم إلا فارق فهم إلا فارق என்னன்ன ஒரு தோனல ولا علم ورا علمي அவنده ইলமின்ட புறம் வேறாக்கும் ইলமண்டவுல ஒரு தோனலாம் எல்லாரும் அவrenner முஹ்திபன்ன رؤية المرااتبனா pahaminnum ilmin extra martabagal undu ஒரு மரتبهண்ட புறம் அنده புறம் அنده புறம் அنده புறத்தை மாதிக்குண்டு ইলமின்ட அதுல totellam அது காணல tote banayya உடைய போய் மாறி இருக்கு അല്ല ഇത്തമ്മ ആലിമെന്ന താലിബൻ ഈ കൂട്ടത്തിൽ ഈ പറയുന്ന വാദക്കാർ ഞാൻ ചിലപ്പോ ആലിമെന്ന് പറയുന്ന ആളുണ്ടായേക്കാം താലിബ് എന്ന് പറഞ്ഞ ആൾ ഉണ്ടായേക്കാലി താലിമോ ആലിമെന്ന് പറയുന്ന ആളൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായേക്കാം പക്ഷേ ആ വാദം ശരിയല്ലെന്ന് അപ്പോൾ പറയും അമ്മ ആ കാണന്ന് വെച്ചിട്ടുണ്ടല്ലോ ഓരോ ആലിമെന്നോ ഓരോക്കാണോ ഐ പി എസ് ആൾക്ക് ഒരു നടപ്പ് തന്നെയാണ് ചെന്നത്തേ കൊല്ലുമെസ്ലിൻ വിമാനതേഹിൻ പരിഹവം തന്നെ അമ്മാവ് പറഞ്ഞത് ഓരോ പാർട്ടികളും അവരവർക്ക് കിട്ടിയത് കൊണ്ട് അവർ തന്നെയാണ് ബന്ധുകൊണ്ട് സന്തോഷിക്കുന്നത് അതിന്റെ അപ്പുറമൊന്നുമില്ല ഏറ്റവും ഒരു മക്കാമിലെത്തിയാലേ ആ മക്കാമിന്റെ അപ്പുറം ഒരു മക്കാമില്ലാന്നാണ് എനിക്ക് തോന്നരുത് ഒരുത്തിന് തോന്നരുത് അദ്ദേഹത്തിന് ആരോഗ്യങ്ങളല്ലോ ഹർദാമിമാലാമത്തിന്റെ കലാം ഏതോ ഒരു വലിയ മക്കാമിലെത്തിയാലേ ഇതിന്റെ അല്പം ഭാഗം കൂടെ അതിന്റെ എല്ലാ തോന്നിയെന്ന് തോന്നി ഇപ്പം സഹോദിന്റെ വലിയ ഭാഗത്ത് എത്തിയാലും ഇതൊന്നും ആയിട്ടില്ല ഞാനൊന്നും ആയിട്ടില്ല തോന്നലാണ് അത് അവിടെ ഹാളങ്ങനെ ഇപ്പഴോ ചെറിയ നീട്ടുമ്പോഴേ തന്നെ വൈ ചൊപ്പിക്കയില്ലാമാ വളാതിക്ക ഇതിന്റെ അപ്പുറം ചിലതൊക്കെ ഉണ്ട് എന്ന് അവനോട് ചെറുക്കോപ്പിച്ചാലോ അങ്കറോഹോ അവൻകറാക്കുന്നു എന്താ വഹിക്കുമാടിക്ക അപ്രകാരം അതിൽ നിന്ന് തമാമു ഹിക്കുമീ മതി എലിമത്തുള്ള തീ തപസത്തിൽ അവന്റെ അസുഖിൽ താപിക്കായ ആ കരിമത്വം അല്ലാതെന്നു വച്ചാൽ ഇവനിക്കിത്ര കൊടുക്കാനേ കണക്കാക്കിയിട്ടുള്ളൂ ഇവന്റെ അപ്പുറ കുരിച്ചെടുത്ത് മുന്നോട്ട് ചേരാൻ നല്ല എന്ന് വെച്ചോളാം ആ കരിമത്തോട് നടക്കണ്ട അതിന്റെ കിമത്ത് അത് പൂർത്തിയാണ് എന്റെ കറിയില്ലേപ്പാ കടപൂർത്തിയാണ്ടേ കറിയില്ലേ അമ്മ അതാകാനം ഇമ്മകലഹു ശൈതമ്മിന്റെ ആവിയും ഈ കുസൂസിയത്തിന്റെ മക്കാമിൽ നിന്ന് വല്ലതും സാധിക്കായ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ചൗക്കു ഒപ്പിച്ചാല് ഓണിക്ക് ചൗക്ക് കൂടും എന്നാ പിന്നെ നമുക്ക് നോക്കാം കുറച്ചും കൂടി നോക്കാം പിന്നെ അപ്പുറം ഉണ്ട് ഞാൻ കണ്ട വലിയ കിട്ടാവുന്ന അതിന് തേടിപ്പിടിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലാണ് അല്ലാക്കി രാക്കിയില്ലെന്നറിയാ മോചായിട്ട് കാണുന്ന അങ്ങനെ അങ്ങനെ മോച്ചാക്കണം ലെഫ്റ്റിനല്ലോ അങ്ങനെ അങ്ങനെ കളിയാക്കുന്ന ഇരുപത്തി ഏഴ് നവംബറിൽ നോക്കാൻ തോന്നിയിരിക്കുന്നു ഇല്ലാണെന്ന് പിന്നെ ഈ കൊസ്വളത്തിൽ ലീറ്റിൽ എല്ലാവരും കിട്ടാൻ ഉള്ള അവസ്ഥ സാബിത്താക്കിയിട്ടുണ്ടോ സാബിത്തായ വളരുണ്ടോ ചോക്ക് ഉറപ്പിച്ചാൽ ചോക്ക് ഉടയനാകും അതോടൊപ്പം തന്നെ അതിലേക്ക് വന്നു ചേരും പയ്യൂസ് അവന്റെ അമ്പാത്തരം മുപ്പത് അതിക്കായോ അത്ര കടലിലേക്കുമാണ് അന്താ ചേർത്തുകൊണ്ടേ പൈക്കിന്റെ മുന്നോരത്തം മതി എന്ന് പറഞ്ഞി പോരാ അയക്കാട് നന്നായി പോരാജനപ്പുറമായി ആയി ആയി ആയി ഉടമ്പിലെത്തി എന്തെല്ലാത്തോട് ഉണ്ടാക്കി വരാൻ കഴിയും അത് നിർത്താനായില്ല പിന്നെ ആയുധം വിളിച്ചിട്ടില്ല അങ്ങനെ അതിൽ നിന്ന് സാധിക്കാതെ ആളുകൾക്ക് മാറ്റം ഇതാ ദ കീർത്തനഹു മറാട്ടിന് റിജാൻ വലിയ ഒരു റിചാലൻ്റെ മർത്തമൊക്കെ പറ്റി പറഞ്ഞാലും ഇപ്പൊ ഒഴിക്ക് ദേഷ്യം വിളിക്കൂ അല്ലെങ്കിൽ പോയിട്ടു നടക്കൂല പണ്ട് അച്ഛൻ മറ്റന്റെ കാലത്ത് സുഹേര കാലത്തല്ല പീക്കർത്ത് അങ്ങനത്തൊന്നും ഇല്ല എന്നാ പറയാ പണ്ടെല്ലാം അങ്ങനെ ഉണ്ട് അതിന് അഹു ജാബുഹൂർത്തന്നെ അയിനല്ല ജനങ്ങളെ കണ്ണിൽ നിന്ന് ഇവയ്ക്ക് ഇപ്പൊ ഉള്ളവര് വർത്തവം ഉണ്ടല്ല ആ വർത്തവത്തിനെനിക്ക് ഫീനാക്കാൻ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ശ്രദ്ധയിൽ പോകില്ല അതുകൊണ്ട് അത് ഇപ്പൊ ഉള്ളത് ഒക്കെ തന്നെയാണ് പണ്ടെല്ലാം ഏ സ്വേച്ചുകളും പാർത്തലികളൊക്കെ തന്നെയാണ് ക്രിസ്ത്യാനും സോഡിനൊക്കെ പറഞ്ഞ ആളെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മിട്ടുള്ള ആളെന്താണെന്ന് അത് തന്നെയാണ് ഓർത്തു കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈബത്ത് കൊണ്ടും മിസിലാസ് കൊണ്ടുമോ അടങ്ങിയവനായി മാളി കമാലിയത്തിന്റെ മർത്തബിയെ തൊട്ടവൻ ഹിജാബുണിയവനായി അവൻ റെക്കോർഡ് അടിച്ചുപോയി വല്യാതുമില്ല ചിലതായിരിക്കസ്ഥയെ തൊട്ടാവും നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കട്ടെ ആദിവാഹു അവന്റെ വാദം അല്ല പറ അവന്റെ പുറമിന്റെ പണം പറമ്പില്ല അവന്റെ അപ്പുറം എന്നെ ഏതിൽമൊറിയോ ആവട്ടെ അതിന്റെ അപ്പുറം അലീമ് അതിനാക്കാണ് ഇൽമിന്റെ വേറൊരുണ്ടാവില്ലേട്ട വലിയ പോലെയൊക്കെ ആയിക്കോട്ടെ ഫീ ആയിക്കോട്ടെ െത്തിക്കണം അമർഹ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എടുക്കപ്പെട്ടത് കുറച്ച് ആയിട്ടും ഒരാത്തിലല്ല നിങ്ങളെ മജിമോയിലേക്ക് എല്ലാവർക്കും നൽകപ്പെട്ട ഇൽമ ആകെ കുറച്ചായിട്ടില്ല അള്ളാഹുലേക്ക് ചേർത്ത കുറച്ചുണ്ടാവുള്ളൂ അതിൽ നിന്നുള്ളൊരു ഇസ്ബി അല്ലേ ഇനി പ്രവാചകന്മാരോടല്ല കിതാബ് അതിൽ തന്നെ ബോറോന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഹിതാബ് അവരോടാണ് എത്തലോദന അനിർ റോഹി റോഹിനെ പറ്റി അവർ വന്നിട്ട് അങ്ങനോട് ചോദിച്ചു എന്നാൽ റോഹി നമ്പർ നമ്പറിൽപ്പെട്ടതാണ് അമ്മാ ഊത്തിന്റെ മൊത്തം വരുന്ന നിങ്ങളോട് അവൻ എരിങ്ങനെ പോയിട്ട് ആ എങ്ങനെ വിടുവാനിവിമ്മാ ഊത്തി ഞാളല്ലേ പറഞ്ഞു മോസ് നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് കുറച്ചേരകപ്പെട്ടിട്ടുണ്ട് പോകുന്നുണ്ട് പോകാനെപ്പറ്റി എനിക്കറിയാത്തോണ്ടല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ തിരിയാത്തോണ്ടാന്നാ പറയുന്നത് തിരിയാനുള്ള ഇൽമ കണ്ടേനോമൽ പോരോ മുകളുടെ ദായുത വിശാലമാകലും സഹമുഖരുടെ കതാനകളുടെ കതാല തുറക്കപ്പെടലും ഈ ലാഹിൻ്റെ വക്കൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ ഔദാരം തന്നെയാകുന്നു എത്തുന്ന പ്രത്യേകമാക്കി നൽകുന്ന മവാഹിബുകളും ആകുന്നു ലാത്തുനാലി കസ്ബിൻ അത് കുറെ അധ്വാനിച്ചു എന്ന് പറഞ്ഞു കിട്ടിക്കൊള്ളുന്നില്ല അത് കിട്ടാനുള്ള വേറെ കൗശലങ്ങളും ഇല്ല സന്ത്രങ്ങൾ കൊടുക്കുകയിൽ ഉണ്ടല്ലോ വന്യമാത്രനാലും ഈ പതിലിൽ കബീരുമുത്താൽ കബീർ ഉൽമുനായ അന്നാന്റെ പതിലുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഒരു ഹിക്കുമത്ത് കൂട്ടിപ്പിടിക്കണം അമ്മ ഹിക്കുമത്ത് സുഹബത്ത് അലിജാലാകുന്ന അവലിയാക്കണുണ്ടല്ലോ സൈഹന്മാർ അവരുടെ സുഹബത്ത് ആകുന്നൊരു ഹിക്കുമത്ത് കൂടിയേ കഴിയും അന്നാന്റെ ഹിക്കുമത്ത അന്നാന്റെ പൊതലുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടുന്നു പക്ഷെ സുഹബത്ത് ഉൽജാൽ എന്നൊന്നും കൂടാണ്ട് കഴിയൂല അല്ല യുദ്ധന്മാർ അല്ല ലാൽ ലാലും മറ്റൊരു ലോകത്താണ് അല്ലാതെല്ലാം ഉണ്ടല്ലാ അല്ലാ കന്ന വന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉപയോഗിക്കില്ലേ ഇത് ഉണ്ടെങ്കിൽ നേടിയിട്ട് ആ ലാൽ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ ആ പ്രയോഗമാണ് ഇവിടെ അല്ല ആ ഇന്നമാ അങ്ക അവൻ ഇൻഗാറാക്കുന്നു താലിബൽമി ആലിമ് താലിബൽമിൻ്റെ പറ്റി പറയപ്പെട്ടേക്കാം എന്നിട്ടാ ഇൻഗാറാക്കുന്നു ഇത് അലാമാൻ കാമിലാജ ആക്കലുണ്ടരാളെ ഭക്തി നീ ജാതി വാദ ഉണ്ടാകാൻ പറ്റൂല എന്റെ ഫോമില്ല പറമില്ല എന്ന് പറയുന്നത് ആക്കിലില്ലാത്തവന്റെ വാദ ആക്കിലുണ്ടാളത് കൊല്ലാ തല്ലു ഹോ തീവന്നി വളരെ ദൂരത്തായിപ്പോയിഹു ഈ പറയപ്പെട്ട വാദങ്ങൾ മുഴുവനും തകട്ടീരോൻ ഒരു കോരായ്മയാകുന്നു ഒരു കോരാത്തരമാണ് ജഗനി മുൻ ഹാദിക്കും വലിയ ബുദ്ധിമാന്മാരും അന്വിഹിരി വലിയ പണ്ഡിതന്മാരൊക്കെ അത് കാറ്റാനന്ദും അതിനോട് അറപ്പും ഉറപ്പും അവർപ്പിക്കുന്നു ഇതെന്താ ബിന്ദു അതാക്കി പോയി എനിക്ക് നിന്നെ ബന്ധിച്ചിട്ടില്ല അന്ഹിരി എന്ന ഹുബൻ അത് ഈ ഹത്തുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല ദലീൽ കൊണ്ട് തെഹൈക്കാക്കെ വിശാമിപ്പിച്ച് പറഞ്ഞതരാഹരീരെന്ന് പറയും ഞാൻ ഈ അന്നൽക്കനാട്ടത്തെ മതീം ജനങ്ങൾ ഇവരെ വലിയ മൂലർക്കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബഹുമാനിക്കുന്നുണ്ട് അത് ഇന്നപ്പുറം അർത്ഥമില്ലാതെ ജനങ്ങളെ യുദ്ധത്ത് കൊണ്ടുള്ള പൊരുത്തപ്പെടുക എന്നല്ലോ ആ പ്രഭാത്തിൽ അന്നിമിനി മാരിപ്പത്തിൽ അഹ് അഹ് മാലിഫത്ത് കിട്ടലുകൊണ്ട് അന്നാ ല വക്കലിനെ അന്ന് നഷ്ടപ്പെട്ടുണ്ട് അത് ലാന സാധിക്കൻ ഒരു നൈപുണ്യമായ സാധിക്കായ മനുഷ്യൻ അതുകൊണ്ട് കുരുത്തഭ്രാന് തയ്യാറില്ല അലി പിന്നെ അലിവിന്റെ കാര്യം പറയാനില്ല പാലത്തിൽ നിക്കമിൽ പറഞ്ഞു എത്തിക്കുന്ന മോദി പോരാ ഇസ്തുസ്രാഫിക്ക നിന്റെ എത്തിനോട്ടം അഞ്ഞാലെ മുന്നേ അത് ജനങ്ങളെ അറിയണോ ഫൊസോസി എത്തിക്കാൻ നിനക്കെന്തല്ലോ ഫൊസോദിയത്തിന്റെ പോലെ പോലീസ് ചെയ്യലുണ്ട് എന്നെന്താകണം ജനങ്ങളെല്ലാം അറിയണം എല്ലാം ചോറെനും കൂടെ അംഗീകരിക്കണം എന്നുള്ള ആ ഇസ്തിസ്രാഫുണ്ടല്ലോ അതെന്താണ് അതെന്നറിയോ ദലീല് അത് തെളിവാണോ അല്ല അത് മിശിക്കോധിയെത്തിക്കാൻ നീ അല്ലാന്റെ അബോധിയത്തിന്റെ വിഷയത്തിൽ സാധിക്കാറ്റില്ല എന്നൊരു തെളിവാണത് അള്ളാഹുവിന് ശരിയായ ഭൂതിയത്തിന് നിന്നെ അത് തിരുത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്റെ കെമിന്റെ ഈ പ്രത്യേകതയെല്ലാം ജനങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ ഘട്ടം നിർത്താൻ നിൽക്കുന്നത് ആ പാട്ടും പാടിച്ചാളും കൂടാതെ അലിൻഭൂതിയിലുള്ള അതുകൊണ്ട് ഇങ്ങനെ നടങ്ങിരുന്നാൽ പോലെ അള്ളാഹുവിനെ കൊണ്ട് ഒന്ന് കോടതി കഴിയുമ്പോൾ കുറഞ്ഞിട്ട് എന്താന്ന് എഹ്യന്റെ ഭാഷ ഇനി തടകുടഞ്ഞ ഓരോ ഭാഷ ഉണ്ട് തടകുടഞ്ഞീ കൊണ്ടു കേട്ടാ നിങ്ങളെ അതൂബിബിൾ والله يرن يخفاض خاف يقذو اريل فانا ويلقى ما الذي فاد وان والعلم لو كانت له نيايا يوقعوا ان ذا حثها اويا ما كان ذلك موسى بن اسما صلى الله عليه وسلم إِلَى لَهُ قُلْ رَبِّ ذِدِ لِي عِلْمًا فَعِسْ بِمْ عَلَى بَيْكَ مَا هَايِتَا وَأَذَنِّ بِالتَّعِنِيكَ وَالتَّعِنِيكَ وَالْكُلُّ قَضِي عِجِبُهُ الْكَلَامُ فَالْزَمُّ لَا نَفْتِكَ وَالتَّالَامُ فَمَنْ يَرِدْ مَظَارِدَ الْمَظَاهِبِ അള്ളാഹുവിന്റെ മോഹിബത്താകുന്ന മവാഹിത ഇങ്ങനെ വാരിതാകുന്ന കേന്ദ്രങ്ങളിൽ ഒരാൾ എത്തിച്ചേരുന്നു അതിനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ എത്തുകൂടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മവാഹിബുകൾ കിട്ടാനേ അത് വാരിതാകുന്ന സ്ഥലത്തെല്ലാം പങ്കെടുക്കാൻ ആവശ്യമായ എന്റെ അസ്താവോനുണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യരി അവൻ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് ഹാദിഹായ ഈ കട്ട പിടിച്ച ഇരുട്ടിന് എങ്ങനെയാ പൊരുത്തപ്പെടുന്നത് എനിക്ക് ലേശം ഒന്ന് ഒന്നിളകി സഞ്ചരിച്ചാൽ ഇതിനാകാളവരെ വെളിച്ചത്തിലേക്ക് എത്താനുള്ള മേഖലകളിലോട്ട് തുറന്നു കിടക്കുന്നത് ഈ കച്ച വിളിച്ച് ഇരുട്ടുകൊണ്ട് എങ്ങനെ വൃത്തപ്പെടാനോ അതുകൊണ്ട് ഇന്നും നല്ലത് അതിന് ഒരു ഹദ് ഒരറ്റം കണ്ടെത്താൻ സാധ്യമല്ല ഇൽമൊരറ്റം കണ വിശാലമാണല്ലോ ഇല്ലു വല്ല അതിനെന്താകേണ്ടത് മാഹിറ വഹാഫിൻ യബുദു ലാഹിയറായ ചില കാര്യങ്ങളുണ്ട് അത് യഷ അത് മറിഞ്ഞു വഹാഫിൻ ചിലപ്പോ മറിഞ്ഞു കിടക്കുന്നത് യബുദു പുറത്തു വരും മറിഞ്ഞു കാര്യം ലാഹിറായ കാര്യം ചിലപ്പോൾ മറിഞ്ഞുകടക്കും മറഞ്ഞ കാര്യം ഉണ്ടാക്കും ചിലപ്പോൾ ലാഹിറാവും ഇൽമിന്റെ സ്ഥിതിയതാണ് ഒരു കൂട്ടർക്ക് മറിഞ്ഞു കിടക്കുന്ന കാര്യം നല്ല തെളിഞ്ഞ കാര്യമായിരിക്കും വേറെ ആക്കെ തെളിഞ്ഞ കാര്യം ഇൽമ അപേക്ഷിക്കാം നിങ്ങൾക്ക് തിരിഞ്ഞൊരു കാര്യം എനിക്ക് തിരിയില്ല എനിക്ക് തിരിഞ്ഞ കാര്യം ബേറാ തിരിഞ്ഞോളന്നില്ല അപ്പം ചില മാഹിരുണ്ട് ചിലർക്കാണെന്ന് ഫീജാകും ചിലർക്കോ ഫീയാ തന്നെ ബേറാക്കതെന്നും തെർന്നിട്ടും യൂക്കഫിന്റെ ഒരു നിഹായ ഒരു അറ്റം എങ്ങനെയാണ് യൂ കഫിന്റെ അധ്യ അവിടെ അച്ഛൻ വെച്ച് മതിയാക്കാം അതപ്പുറം പോണ്ടല്ല അങ്ങോട്ടൊരു ഹദ്ല്ല ഒരു അച്ഛമുണ്ടെങ്കിൽ ആ വായത്ത അല്ലെങ്കിൽ ഒരു വായത്തുമുണ്ടാകുകയാണെങ്കിൽ മാറ്റാൻ അടുത്ത മുർത്തലിം ആത്മാ എല്ലാ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകപ്പെട്ടവരും മുർത്തലീകളിൽ ഏറ്റവും ഉന്നതരായ റെക്കാർഡ് ബുദ്ധി ഉടമയായ നബീസ് അല്ല അലീമ തങ്ങളാകുമായിരുന്നില്ല ഈ റഹു തങ്ങളോട് പറയപ്പെടൽ എന്ന കലാവ് തങ്ങളോട് പറയേണ്ട ഇതല്ലോ ബുദ്ധി സാമർഥ്യം കൊണ്ടെല്ലാം തെഞ്ഞു എന്നൊക്കെയാണെങ്കിലും എല്ലാ കമാലയത്തിലും പൂർണ്ണമായാണല്ലേ ലഭിച്ചുള്ള കമാലിയുടെ മതങ്ങളിൽ എന്നാൽ തങ്ങളോട് പൂപ്രബ്ഞയിൽ താരക്കം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇൽമ പൂർത്തിയാകുമെങ്കിൽ അതുകൊണ്ട് സയിഷ് നീ നന്നായി ജീവിക്കുകതയിക്കെനിക്ക് കിട്ടിയെടുത്തോളം കാര്യം കൊണ്ട് മാറ്റ ീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൂടെ നന്നായി ജീവിക്കുക എന്നിട്ടോ താനീട്ട മറ്റുള്ള ആളുകളെ കുറ്റം പറയലും മറ്റുള്ള ആളുകാരെ അനത്തിലാക്കലും വേശോനാക്കലും എല്ലാം കണ്ടും മതിയാസം വേൾ കൊല്ലു ഓരോരുത്തർക്കത് എഴുതി കലാം ഇങ്ങനെ പലരും പറയും പറയിൽ കലാമുണ്ടല്ലോ ചെരുമൊക്കെ തൊണ്ടട്ടടിക്കല് അതുപോലെ അജബാക്കി എന്ന് വരും ഓ ഞാൻ ഇന്നോളങ്ങനെ പറഞ്ഞു ഇന്നോളെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ പണത്തിയച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അവന്റെ അവൻ പറഞ്ഞ കലാമ് അവനവനെ ഉചിതരാക്കിയേക്കും ഓരോരുത്തരും പക്ഷെ അതുകൊണ്ടുണ്ടായ കോട്ടം എന്തായിരിക്കും മനസ്സിലാക്കിട്ടില്ല ഫലസം അതുകൊണ്ട് നീലാദ്യമാക്കിക്കോ ഹുദാ നഫ്റ്റിക്ക നഫ്ത്തിന്റെ ഹിതായ നീലാദ്യമാക്കിക്കോ ബലാം നിന്ന് പോലൊന്നും പറയുന്നില്ല نحن أراد أنه لمن مبارد المظاهب والأسرار اللهم إن مظاهب أسرار إن تعداغن للإن فوري قدك أن أركن معدرهم بن جل وتشرك عليه تشرك عليه شموس الأنوار اللهم أنبار لاغن شمس قل قتج لكبار معدرهم بن جل عدار فمن يرد مظاهب المظاهبين ورد ൾക്കെതിരെ ഇങ്കാറാക്കാൻ വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ പാടില്ല വിമർശകനായിട്ട് ചേരും കെട്ടി പോവാന് നടത്താൻ പറ്റില്ലാഹോ അത് മുഖേന മൗലയായ അള്ളാഹുവിനോടെ വൻ മഹാരത്തിനൊരുങ്ങുകയാണ് അതുപോലെ വലായ ഹെസ് രണ്ടാമത്തെ വരി െ അവൻ ഹസറാക്കാൻ പാടില്ല ഭീമ ഇന്ദു അവന്റെ അടുത്തിൽ കിട്ടിയതിൽ മാത്രം തടച്ചിടാൻ പാടില്ല അതിന്റെ അപ്പുറം ഇല്ല അതിനപ്പുറം മയും കിറ എന്നാ മയം കിറ അവിടെ മല ഇങ്കിറ വേണ്ടി ഇപ്പൊ ല യഹസുറൽ ഇൽമ ഭീമാന്തഹു അവന്റെ അടുക്കൽ കരകഥമായ ഇൽമിൻ മാത്രം ഇൽമ് തളത്തിട്ട് അതേ ഇൽമുള്ളൂ അതും ചെയ്യരുത് പിന്നെ മയുങ്കിറ അഞ്ഞക്കൂണ് പോക്ക ഇൽമിനി ഇൽമൻ അവന്റെ ഇൽമിന്റെ അപ്പുറം മറ്റൊരു ഇൽമുണ്ട് അല്ലെങ്കിൽ അവന്റെ ഹാലിന്റെ അപ്പുറം ഹാലുണ്ട് എന്നതിനെ ഇങ്കാർ ആക്കാതിരിക്കരുത് ഹലോക്കുണ്ടൊ അവന്റെ ഇൽമിന്റെ അപ്പുറം ഇൽമുണ്ട് അതേപോലെ ഇവന്റെ ആലിന്റെ അപ്പുറം ആലുണ്ട് എന്ന കാര്യം ഇങ്ങാറാക്കാതിരിക്കലുമാണോ ചെയ്യേണ്ടത് ഇവന്റെ മൊക്കാമ്പിന്റെ അപ്പുറം അപ്പൊ അപ്പൊ പലായറുള്ള അഭിഹാദിയിൽ അതുകൊണ്ട് ഈ തരണ്ട എന്ന ബുദ്ധിശൂന്യമായ മതാഹിത് കൊണ്ട് ഇവൻ ബെടാൻ പാടില്ല يقولون هذا ما يقولون لما يقولون إنه إلا ذا بلهم من ضعيفته ضعيفا جهما في اللورة مغرى لا ذا غندي طيرا باين مذهب ورد برتب رولان فلا نورنا نفيا فالعلم علم ما لا يوجد له إليها الدنيا ينتهي إليه അതിനേക്കറ്റമായി എന്ന് പറയാനുള്ള ഒരു അച്ചത്തിലേക്ക് ഇൽമെത്തുന്നതല്ല ശംസുകളെ പോലെയ്യാ വല്ലക്കമാർ ചന്ദ്രനെ പോലെ നുചൂമ്പുകളെ പോലെ ശംസ് ചിലപ്പോൾ പ്രകാശിക്കുന്നതാണ് അന്നേരം നക്ഷത്രങ്ങളെല്ലാം ചിലപ്പോൾ നക്ഷത്രം പ്രകാശിക്കുമ്പോൾ ഷംസിനെ കാണൂരാ ഇതുപോലെ ഒരു കൂട്ടം ഉലമിങ്ങനെ പ്രകാശിക്കുന്ന അതെ വേറെ ഉലോമ്പുകളിങ്ങനെ മറിഞ്ഞുകടക്കാമെന്നില്ലാണ്ട് ഇൽമിന് ഓരോ നിന്നും ഹീനത്തിന് അച്ഛം ഇല്ല എന്നാണ് ി ഗുരുന്ന് പറഞ്ഞു ലാഹുരായ സാധനം എന്താക്കും ചിലപ്പോ സഫീയാവും സൂര്യൻ അത് സഫീയാകുമ്പോൾ നക്ഷത്രത്തിന് ഇരുമിങ്ങിട്ട് വരും അപ്പൊ ഇവിടെ നക്ഷത്രം വിചാരിക്കേണ്ടായിരിക്കും കൂടുതൽ പുറകാത്തോ ഞാനും എന്നെക്കോട്ടെ ഇവിടെ ഇങ്ങനെ ആ കണ്ടേക്ക് വന്നു പിന്നെ അവിടെ വലിയ സൂര്യൻ ഇപ്പോൾ ഇപ്പം അത്തമിശ്മേ ഉള്ളൂ കമ്മമ്പിക്കാമിലാമേനുള്ളൂ ആ കമ്മറോ ഇരുമിന്റെ വേറെ മസാമത്തന്നെയല്ലേ വന്നുജോ മുലായോ ആലിഫ് മാലിമുത്തമത്തിന്റെ മാതാമു ആരിഫീനെ കച്ചമു ഇവിടെ മൂപ്പറുണ്ടാക്കി ആരിഫീങ്ങൾ ഇമിനെ ശംസ് പോലെയാക്കി താഹിരങ്ങളെ ഓരോ ചില സാഹചര്യങ്ങൾ ടൈറ് കഴിഞ്ഞാളുകൾ അക്കമാറ പോലെയാക്കിന് ആ അഹിരൻ ഞമ്മന്റെ ഒഴിവുകളോ മറ്റൊരു മോളോ പോലെയാക്കി ഈ പറയപ്പെട്ടതെല്ലാം ഈ മൂന്ന് വിഭാഗത്തിലും താരത്തം തമിഴറോപത്തിൽ വാരിദാത്ത് വരുന്നേ ആ വാരിദാത്തിന്റെ കൂപത്തനുസരിച്ച് ചിലപ്പോൾ എന്താക്കും അഹിദാകുകയും വാരിദാത്ത് കുറയും അത് വോൾട്ടേജ് കൂടുമ്പോ ഇങ്ങനെ ഇറങ്ങും വോൾട്ടേജ് ഡൌൺ ആകുമ്പോഴോ നെനിമ വോൾട്ടേജ് ഡൗൺ ആകുമ്പോ കമ്പനിയിൽ ഡൗൺ ആയിട്ട് ലീമൈന്നും വരാം പ്രകാശം കുറഞ്ഞും വരും ما شاء تبقوا ترمينا قلت بيزيزيز وطارةً دخابلو في الوارداتي وعرداتي لله الو فنسري ججلت والخفية إن مرع ولا حداً للو من المعارف للأصرار الكاتم الله فلو كان لها حدٌ تندهي إليه عدليك أتما غنر حد دائر من جل ما كان رسول الله صلى الله عليه وسلم الله سبحانه وتعالى لرسول اعجل بالله لأنه يقول الله تبارك وتعالى له ودى ما كاننا خبره الله تعالى تعالى تعالى له بارين للابستع انت بارين وقر رب زدني علماك ان بارين للابستع ودى الظن للاب احسنت لكي نميز و الله تعالى الله ولي زيد الله عرفين عنه فظل على أن العلم لا نهاية له علم النجاذ وحكم الله انه دل كور من استلاهي فطروكه الذي علم عليمنا الله تعالى قرنه ذي علام ان جميع العلوم الرسميه كلها يبقى محل افتكار الى غيرها رسميا العلومണ്ടല്ല നമ്മ கிतावودي പഠിച്ചിട്ട് പുനൂണുകളാക്കി തോറുന്ന എല്ലാ ഉรูമുകളും ജബ്ക മഹ അതിനോടോപ്പം ബാക്കിയാകും എന്ത് അലിത്തകാ ഇദാ അലിഹാ അതല്ല തമട്ടുള്ള العلومകള ഇനിയും ബാണം എന്ന ലിത്തകാറു ഉണ്ടായിക്കില്ല നിങ്ങൾ ഏതെങ്കിലും എഫ് ബി എൽ പഠിച്ചോക്ക് മാതമാറ്റിക്സ് പഠിച്ച് സയൻസ് വേണം സയൻസ് പഠിച്ച് അത് വേണം തോറും ചെസ്സിന് പഠിച്ച് അപ്പം മന്ത്രിക്ക് വേണം എന്നറിയും മന്ത്രിക്ക് പഠിച്ചു അപ്പൊക്ക് നെഹ്റു വേണം എന്നറിയും ഈ എല്ലാരെ കൊണ്ട് കുറ്റപ്പെടാൻ നിവൃത്തിയില്ല വേറെ നിന്റെ സഹായത്തോടുകൂടി ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി പിടിക്കാനേ കഴിയും അതേ അവസരത്തിൽ അല്ലെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇല്ലത്തിൽ നിന്ന് തിയറത്താക്കാനെങ്കിലും ആവശ്യത്തിൽ വരും ഇല്ല ഇൽമ ഷുഹൂദ് സുഹൂദിന്റെ ഇൽമൊഴികൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ ചുക്കും പണ്ടുണ്ട് എല്ലാം കണ്ട് പോയിട്ട് ആ തഹക്ക വർത്തമാനല്ല ഈ ആ ചുഹൂദ് ശരിക്കും തഹക്കുക്കായി വന്നിട്ട് اللهم إِنَكُنَّ عَبَدِنِّ مُطَمِيِّنَّا إِمَعْرِكَ يَعْرِكَ إِنَّ عَلْكَ إِنِّهُدُ فَجْنُمْ بَرِكَ الَّذِلَّا إِلَّا مَدِلْ قُرِكُتِّكَ يَنْيُونَ عَرَى رُوحًا مُنَزَّغًا فِي دِيَّامِينَ مِنْ عُلُومٍ مِنْهَا عَلَيْهَا بَلِيلٌ هذا هو مِنَنْ يَسَقِرَ عَلَى الْجَلِّ رَافِي وَنْ قُل ആ റാത്തി വാസം വെച്ചിരിക്കണം അതിന്റെ റോട്ട് കാര്യം തന്നെ കൊണ്ട് റോക്കുണ്ടല്ലേ കിതാബെല്ലാം ചെറാകേണ്ടി വരും കടാമിറ്റേ ഉണ്ടോ ഈ കിതാബെല്ലാം അതിന് ചെറാൻ വരും അതിന് പോഴിമില്ല എല്ലാം ഇൻമങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇണയാണ് അവന് കിട്ടിയത് വല എന്താ ഇൻമില്ലാറ പിന്നൊരിക്കലും മറ്റൊരിമിലേക്ക് അവന് തിരിഞ്ഞോട്ടമില്ല ഇതുപോലെ കമൻ എന്തോ സ്വാത്തറായി ആദ്യത്തിന് ഉദാഹരണം വരാൻ എടുക്കാൻ കുറെ പൈസ ചില്ലറ പൈസ ഉണ്ട് കുറെ ഗൃഹമുണ്ട് കുറെ ഗഹബുണ്ട് എല്ലാവരും കുറച്ചും കൂടി കിട്ടണ നാട്ടുണ്ട് ചുമ്മാ വലതല്ല പിന്നീട് ലക്ഷീ എന്നെ കിട്ടി എന്നിട്ട് വാളെ കല്ലെല്ലാം എടുത്താൽ ഉണ്ടാകും സ്വർണമാക്കി മറിക്കാനുള്ള ബിന്ദുണ്ടാ പിന്നെന്ത്ശാന് വല ചാൻ കീമാക്കാണ് ഇന്ദു അപ്പൊ മുമ്പുണ്ടായി ചില്ലറ പേജിലെല്ലാം വേണുണ്ടാവും ും എന്ന് പറഞ്ഞ പോലെ തന്നെ എൽസിനേ അതിനേക്കു തിരിഞ്ഞു നോക്കൂല കഥായിരിക്കുന്ന ആരിഫു ഇതുപോലെ ആരിഫായൻ തലവും ആകത്തുമില്ലാട്ടില്ല ഇല്ല മൗലാഹു മൗലയായ അള്ളാഹുവിനേക്കെല്ലാ വേറെ ഒന്നിലേക്കും അവൻ ആവശ്യമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിത്തീർന്നിട്ടിരിക്കുന്നത് എന്താണോ എന്റെ മൂല എനിക്ക് പതിനാല് പല്ലിനുള്ള എൽമുണ്ടായിരുന്നു ഒരു കാലത്ത് പതിനാല് പല്ലിനെ സംബന്ധിച്ച് എനിക്ക് എൽമുണ്ടായിരുന്നു അതല്ല നെയ്മുണ്ട് അടച്ച അദ്ദേഹത്തിന്റെ മശേക്കന്മാരൊക്കെ വലിയ എല്ലാ പൂ പറഞ്ഞ മഹാന്വരാണ് പൂർവം ചൊല്ലിപ്പാടക മാത്രമല്ല ഇല്ല കുട്ടികളാണ് കേറി പറഞ്ഞാലും ഇവിടെ അബ്ദുൽ ഫത്താഹാജും നമ്മുടെ കേരളത്തിലെ സെന്റ് നോക്കി അബ്ദുൾ ഫത്താജും പോയാൽ അന്ന വച്ചാണല്ല എല്ലാ രാജിക്കാന്ന് വിളിക്കുമ്പോ തോന്നുന്നുണ്ടാന്ന് അത് രാജിക്കാം എല്ലാ കിത്താബ് നല്ല അടിമയെന്നു കിത്താബിലെ മൂപ്പറം ഇങ്ങനെ ഞാൻ ഈ വായിക്കുമ്പോഴേ അഷ്ടപ്പെട്ടാണ് ചില കുറേ ബായിക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ശരി വെച്ചിട്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ചിലക്ക് ജീവിതം അടക്കാം അല്ലയോ അത് ആദ്യം ഉണ്ടാവും ഉണ്ടാവും കിട്ടാതെ നോക്കാൻ തോന്നുന്നിട്ട് മുപ്പർ കയ്യെത്തി കിറ്റാബ് എടുത്തിട്ട് മുകളുടെ കാര്യങ്ങൾ അടിയിരുന്നു എന്താ വായിച്ചാൽ വായിക്കാൻ അർത്ഥം ഒന്നും ഒക്കെ ഉണ്ടാ ഇങ്ങനെ വായിക്കുന്ന പറഞ്ഞ എങ്ങനെയാണ് ഇതിങ്ങനെയെന്നിട്ട് ഇങ്ങനെ എന്റെ ഭായന ആചാദി വായന ഇച്ചിരി ഇവിടുന്ന് ഉണ്ടാവില്ല ഇതാ നല്ല പക്ഷെ അത് നടത്തി കഴിച്ചാല് പെർത്തങ്ങളോ ഭാഗോ ദോഷിക്കുന്നില്ലെന്ന് കഴിയുമോ നല്ല സദമാക്കാൻ ഓടീനി ചവല്ല മേലകളാണ് എത്താതെ പുരൻ രാജമെല്ലാം വഴമ്പതായി ചെയ്യണോ ഒരു ചിറ്റുഹോന്റെ എല്ലാം ജ്ഞാനത്തിന് ഉത്തന്നിപ്പിന്റെ അവർ പൊക്കുന്ന ജ്ഞാനത്തിന്റെ ഉത്തന്നിപ്പില്ലേ ഓണത്തൊന്നും കാട്ടി ചിറ്റു ഹതിയത് ഈ വലിയ കൂട്ടുകാരൻ ആണ് ഉം അങ്ങനെ എത്ര ആള് പണ്ടാ ശരി മുരികാണ്ട് പറഞ്ഞതന്നെ പോലെ അവിടെ അങ്ങോട്ട് കൂട്ട് വലിയ വലിയ വലിയ അഗ്രഅണ്യന്മാരെ മൊത്തിറ്റിങ്ങൾ പാസിന്മാതിരി അങ്ങോട്ട് പിടിച്ചോക്കട്ടെ എല്ലാ പന്നും നിറഞ്ഞിട്ടങ്ങട്ട് ഒഴുകുന്ന സാഹചര്യവും വാസനീയമായ ഒരു ആളുകാരുന്നു അനിയും നമ്മുടെ മൊഹിന്ദികളെ പിടിച്ചു ചോദിക്കുന്നു നോക്ക പതിനാല് പതിനെട്ട് എഴുതി ഞാൻ ആര്യന്മാരുന്നോക്കറ പറഞ്ഞു റത്തുല്ല ഹറ്റി കത്ത് ഹറ്റൈക്കത്തിന് എനിക്ക് കിട്ടിയില്ലേ തറുത്തു താതിരിക്കുമല്ലോ അതിനെ മുഴുവനും ഞാനെന്താക്കി പുതുക്കിക്കളഞ്ഞു നടത്താന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികള് ഈ കാട്ടുക നടത്താന്ന് അതൊക്കെ ഞാൻ ബയോജിക്കളഞ്ഞു അത് മുഴുവനും ഞെക്കി പിന്നെ കളഞ്ഞു വലം ഞുക്കരി എനിക്കിപ്പോ ബാക്കിയുള്ള മൂന്നെണ്ണാട ബാക്കി നിർത്തിയിട്ടുണ്ട് ഇല്ല തസ്തീർ വലിയ വൽമാൻ നാടീ ബാക്കിയുള്ള മൃഗിക്കൽ നിങ്ങളെ തള്ളി കൂടാലോ അന്നാന്റെ കലാന്നില്ല തസ്തീർ എല്ലാം വലിയ ക്ലാത്തിന് ഇമാക്കന്ന് പത്ത് ക്ലാത്തിനിമാണല്ലോ അരഇബിനി അജീബാ വലിയ കാര്യമില്ലേ തലവീതിലൊക്കെ അഞ്ചരണ്ണിനായ ആളൊന്നുമില്ല ും പിന്നെ അത് കുറച്ച് തിരിയാണെങ്കിലും മന്തിക്കും അത് തന്നെ ഉസാമന്ത്രിയാണെങ്കിലും മന്ദിക്കില്ല ഉണ്ടാവില്ല അത് മൂന്നാൾ നിർത്തിവെച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ ഉണ്ടാക്കി പുതുക്കി പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ വിമാല തയ്ക്കത് ബാക്കി തന്നെയാണ് വിമാല തയ്ക്കാണ് അബ്റ്റിനൊക്കെ അവിടെ പോകുന്നു ما حييت فهذه هي الحياة الطيبة التي لا يقبها موت النبضة إذا أنا حياة طيبة أن برد أدني شئسا فين موت الله وجنب التعنيف والتعنيت تعنيفم تعنيتني رباكنا أندان تعنيف أن اللعيتم فالتعنيفون المدى التعليد في الكلام كلام الانداء ما كل من الأولى العشاء والصلاة الله الغارة والصلاة الله ഇങ്ങനെല്ലാം പറ്റില്ലേ ആ താനീത്തൊന്നും മറ്റുള്ളവരോട് തർക്കം പിടിക്കരു മുഹാലഭ ഞാൻ ജയിക്കണമെന്ന് വെച്ചിട്ട് മുഹാലവയിലുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാം അന്നഹാദിയിൽ ഈ തകലീലും ഈ താനീത്തൊക്കെ എന്താന്ന് അത് ജുഹാലന്റെ കൈലിപ്പെട്ടതാകുന്നു ഇങ്ങനെ തൊണ്ട പൊട്ടിക്കന്നെ മുഖാമുഖം ഞാൻ പറഞ്ഞു തന്നെ ഫല തകുതിക്ക നിനക്ക് പസഹാക്കപ്പെടുന്ന കാര്യം എന്താണോ അത് നീ വെളിവാക്കാൻ നിൽക്കണ്ട അതിന് അനുഗാമില്ലാണ്ട് ഒളിവാക്കാണ്ടോ ഒളിപ്പിച്ച കാനത്തിലട വെച്ചോങ്കിർ മാലായുക്കം എന്റെ ഇൽ എത്താത്ത സ്ഥലത്തേക്ക് നീ ഇങ്ങാറാക്കാനും വേണ്ട ആരെങ്കിലും നിന്നോട് തർക്കം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതോട് തർക്കിക്കാനും നിക്കണ്ട ഫലി റബ്ബി റബ് ഫലില്ല അറ്റബു ഹത്തിന് അതിനെ കാക്കാനുള്ള റബ്ബുണ്ട് നീ കാത്തോളൊന്നുമില്ല നീ തർക്കം പൊളിച്ചിട്ട് അതിനെ കാവലക്കാരനൊന്നും അയി നിൽക്കണ്ട അതേക്കത്തിൽ എന്തെങ്കിലും റബ്ബുണ്ട് ആ റബ്ബിനെ കാത്തോളൂ വലിത്തരീക്കത്തിന് തെരഞ്ഞെടുക്കാൻ അതിനെ തിരഞ്ഞെടുക്കുന്ന ചില ലസ്സുകളും ഉണ്ട് എല്ലാ ലെസ്സും ധരിക്കുന്ന തിരഞ്ഞെടുക്കൂല തർക്കം എന്നുള്ളത് ദുഞ്ഞാവിൽ ചെറുനല്ലാതെ മരിച്ചുകൊണ്ട് വരൂല വന്നി ദിനിലുള്ള പോരായി മരിച്ചു കൊണ്ടുവരും കൊറേ കൈവസ്ങ്ങളും കഴിമസും കുറെ അശനിയും ഏഹ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കണ്ടുടായിട്ടു ഇതൊക്കെയാണ് ഉണ്ടാവില്ലേ പിന്നെ ഏറും കല്ലേറും പിന്നെ പിന്നെ പോലീസ് കേട്ടുണ്ടാവില്ല കലാമുൽ കോലാമ യോജിമു കൊല്ല താമല്ലോ അതിനെ കേൾക്കുന്ന കല്ലാം വലിയ അജപഴിക്കും കലാ ഈ കൌമിന്റെ കലാമിങ്ങനെ കാട്ടാല് ആൽക്കോം പറഞ്ഞൂടെ അൽക്കോമന്റെ പറഞ്ഞ തന്നെ തന്നെ അതുകൊണ്ട് പലായക്കമിന്നാക്കി ജനങ്ങളെ അവർ അതിനെന്താക്കുന്ന മെച്ചമായി കയറുന്നത് നിങ്ങൾ കലാമെല്ലാം വന്നിട്ട് ജനങ്ങളെല്ലാം നല്ല ആക്കിയാലും ഓർക്കൊന്നും കല്ലിന്നും തിന്നിട്ടുണ്ടാവില്ല അമാന്തോ അതൊക്കെ പോയ അതിന്നെല്ലാത്തിനും തിരിഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടു ഇങ്ങനെ മുതലക്കെ നല്ല ആവേശിക്കും പറയാനേ കേട്ടാ തോന്നുന്നു പക്ഷേ അത് വേണ്ടി ബഹുബി ഹാക്കായിട്ട് ഇത് പറയപ്പെട്ട ഹക്കായിട്ട് നടത്തി വന്നുണ്ടോ എന്താ തന്നെ എല്ലാം പറയാ ആ ഞാൻ ബാധിപ്പന്നില്ലേ നിങ്ങ ആ തുണിയെന്ന് കൊടുക്കണോന്ന് ആ കേച്ചു കൊടുത്താട്ടേ നടപ്പില്ല എങ്കിലെ വേദന അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഇരിയുള്ളൂ കുറെ തലവൊരുക്കല്ലോ ഇത് കയ്യടിയും ഇവിടെ കാര്യല്ല ആ തുണിയെന്ന് കേച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധിപ്പന്നില്ലേപ്പാ കേറ്റി വിടുത്തനാ എന്നാ നിങ്ങളെ വാതിൽ അംഗീകരിച്ചു നിങ്ങളെ കലാ ഇല്ലെങ്കിലോ മുലാകാർക്ക് ഏറ്റുപ്പിച്ചിട്ട് പോയി എന്താ മുലാഖെ പള്ളി നിനക്ക് എന്താ കിട്ടീന്റെ ആ മോലർക്ക് പേര് കയറ്റാ പറഞ്ഞീ കയറ്റീന ഇല്ല പോയിന്റ വാതിലും ആ കലാം പറയപ്പെട്ട ഹക്കായിക്കെന്താന്ന് അത് നടപ്പിൽ വരാൻ പേടപ്പ് നിന്നെ വഞ്ചിതനാക്കണ്ട നിന്നോർ അംഗീച്ചിട്ടില്ല പറഞ്ഞ ആ കലാമുണ്ടല്ലോ ആ കലാമിന്റെ കഴിയത്തിൽ കൂടി ഓണം താക്കട്ടെ ജീവിതം ആഗ്രഹിക്കപ്പെടട്ടെ അല്ലാത്ത കാലത്തോളം എന്തെല്ലാം നിന്റെ കലാമിനെ ഓർ അജപിലാക്കിയത് കൊണ്ട് നി വഞ്ചിതനാവണ്ടെന്ന് പറഞ്ഞ കലാമ് ുക്ക അങ്ങനെ നിന്നെ വഞ്ചിതനാക്കിയാൽ അത് നിന്നെ ടാബിലാക്കും ഇങ്ങനെ ടാബ് പിന്നെ നിനക്ക് നിൽക്കാൻ നിൽക്കാനത്ത് പരിപാടി ആയിരിക്കും നിന്നെ കൊണ്ടപ്പോന്നെ കാറും വണ്ടിയും കൊണ്ട് പരിപാടിയേ വരും ഡയറിയിൽ എഴുതി എല്ലാം ജാതിണ്ടാവില്ല പണ്ട കാര്യം നീ ആകെ വർക്ക് കഴിഞ്ഞിട്ട് തൊണ്ട അടിച്ചിട്ട് ആകെ കുഴങ്ങി അങ്ങായി നിന്നെ ബാതിന്റെ അംഗീകാരം കൊണ്ട് പിന്നെ ബാതി പോരാട്ട് ഹാക്കുന്നു അപ്പ ചരിയാക്കാൻ പണ്ട് ഇച്ചിരിയാക്കിനാ തുണിങ്ങനാ ഇടത്തേക്ക് കുടിക്കല്ലാന്ന് അവരുടെ കൈമാറ്റിഞ്ഞാ ഒന്ന് ചെയ്യാക്കിഞ്ഞാ ഒന്നും അപ്പൊ അപ്പൊ എന്താക്കുന്നറിയോ ദേവന്റെ വാബു തുറക്കും നിന്നെ ലഫ്റ്റിന്റെ മൃഗത്തുണ്ടല്ലോ ലെഫ്റ്റിന്റെ ആ മഹിമാവ് കാണലി അതുപോലെ ഷഹുവത്തും ഷഹുവത്തുനിന്ന് ആ ഷുഹത്തൊന്നാ നല്ലത് അതണ്ട് രിക്കാം അതുകൊണ്ട് മിത്രഹനിക്കുദാഹ നിന്റെ നഫ്സിനെ നന്നാക്കലും അതിന് ഹിതാത്തിലാക്കലും നീക്കോക്കണ്ടാഹുത്താനായ അയ്യോനു അലൈക്കും മമ്പുസക്കും സത്യവിശ്വാസികളായ മുമ്പ് നിങ്ങളെ നിങ്ങളെ നഫ്സിന് നിങ്ങൾ മുറുകെപ്പിടിച്ചോ നഫ്സിന്റെ കാലം ശ്രദ്ധിച്ചിട്ട് ബാക്കി നോക്കിയാൽ മതി എന്ന് വന്നു ഇതൊരു സമാനം ഏത് കാലത്തിപ്പ ഇബ്രാഹ്മിയുള്ള ആളാണ് സുലൈൻ ഇബ്രാൻ ഖെറിയപ്പിറ നൂറ്റി ഇരുപത്തഞ്ചിനാവശ്യം ഇരുപത്തഞ്ചിനെ നൂറ്റി ഇരുപത്തഞ്ചിൽ ജന്മല്ലേ അഭിമാമിനുമ്പല്ലേ ം ഇതൊരു കാലം ഇങ്ങനത്തെ കാലം ഇത്താനൊക്കെ നാവടക്കി വെച്ചോ ഒന്നും പറണ്ടെ പറഞ്ഞു കൊടുത്താൽ അവിട്ടാണ് ടാഫറാക്കലിക്കുന്നത് നെടുത്തേക്ക് കൊണ്ട് കുടിക്കണം ഞാൻ ഇടത്തേക്കൊണ്ടേ കുടിക്കുള്ളൂ അപ്പം വെളുത്തേക്ക് കൊണ്ട് നേരത്തെ കുടിച്ചപ്പം കറാത്ത ഇടത്തേക്ക് കുടിച്ചും കറാത്ത ഇതെങ്കില് ദീന്നെതിര് പറഞ്ഞോളാം കുപ്പറായി മാറി പള്ളിന്ന് വാർത്താനും പറയല്ല ഞാൻ വാർത്താനും പറയും പള്ളി തൂറിയും ചെയ്യും വാർത്താനും പറയില്ല ഞാൻ തൂറിയും കൂടെ ചെയ്യൂന്ന പറയുന്നു നാ പഠിക്കോ ഭക്തി മക്കാനൊക്കെ നീ എവിടെ ഉണ്ട് എന്ന് ആരിക്കും തിരിയണ്ട ഒളിപ്പിച്ചു വെച്ചോ മക്കാൻ എപ്പോഴും ചെയ്തോ നെയൊക്കെ അടുത്തോള തയറിയിപ്പോ മായൂപ്പായ എന്തെല്ലാം കാര്യണ്ടോ മായ തഴിപ്പു അതെല്ലാം നീ മുറുകിടിച്ചോ വക മാു ഇങ്ങാനാക്കുന്ന എല്ലാം ഈ വായിക്കള ഒന്നിനും ഗുണണ്ട മായൂപ്പായ കാര്യം അതെല്ലാം മുറുകെപ്പിടിച്ചോളാം അല്ലെങ്കിൽ തഴിക്ക വേണ്ടാത്തേ നോക്കാത്തതിനൊന്നും അങ്ങനത്തെ ഒരു കാലാണിപ്പോൾ പറയുന്ന മുത്തായ സുഷൻ സുഷന്ന് പറഞ്ഞ വസീൽ സ്ഥലം മുത്തഹ എന്ന് പറഞ്ഞാൽ അതിന് കീഴ്പ്പെട്ടു ഹൈരായ കാര്യങ്ങളെയൊക്കെ ഒന്നും ചിലവാക്കൂരൊക്കെ പിഷ്കണം പിന്നെ തടി മനുഷ്യനിക്ക് തടിഹവ ഉണ്ടാവുമ്പോ വേണ്ട കാര്യം മുത്തഭ തടിഹവ പറഞ്ഞ പോലെ കേൾക്കപ്പെടുന്നതാണെങ്കിൽ അതിന് നല്ലോണം ബഹിപ്പെടപ്പെടുന്നുണ്ട് പിന്നെ വൈജാബ് കുരു അഭിപ്രായം പറയുന്നവനൊക്കെ പൊങ്ങത്തം കാട്ടനും പിറകി അവനവന്റെ അഭിപ്രായം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നടക്കേണ്ടത് എന്റെ അഭിപ്രായത്തിന് മുൻഗണന എനിക്കെല്ലോ അറിയാ നിങ്ങൾ അവരും പൊളിപ്പിച്ചേരണ്ട എന്നുള്ള നിരക്കാണോ എന്നാൽ ആരും ഉപദേശിക്കാതെ നേരെയാക്കാൻ ഭൂവൈശിനെ നെഫ്സിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ ഈ മുന്നോട്ട് നീക്കോ ആരും മറ്റവന്റെ കാര്യം പണ്ടൊക്കെ അവർക്കും വളർത്തു നിൽക്കണ്ട സാധാരണ ഫൊക്കറാക്കിയ ആളുകളെ ആണ് ഇങ്ങാറാക്കുന്നത് ഇത് ബാലുൽ ഫുഖറായി ഇങ്ങനെ വേറൊരു കാതലിണ്ടാണ്ട് വെറും കോലം കെട്ടിന് വെറും ഫോർമാതിയാക്കി ആളെ കൊണ്ട് പറയിച്ചു തുടങ്ങി നിങ്ങളെപ്പോലത്തെ കണ്ടിട്ടാണ് കളി കണ്ടിട്ടാണ് മറ്റൊരാള് നമ്മൾ ഈ പ്രസ്ഥാനത്തിനാകെ പറയിച്ചതെന്ന് വെച്ച് സോഫിയത്തെ തന്നെ ഉപർവ്വറായിരുന്നു കെട്ടി ആക്കിയിരുന്നു തിന്നാണ് അപ്പൊ ആദ്യ തിങ്കാർ ഇങ്കാറും രണ്ടും രണ്ടാന്ന് മനസ്സിലാക്കണം ആദ്യ തിങ്കാറ് സ്വക്താവ് സോഫിയത്തെ ഇങ്കാറാക്കിയ ആൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞത് ഇത് സ്വക്വാകാന്ന് ബാധിക്കുക നമ്മുടെ കൂടെ തന്നെ കൂടിയിട്ട് അതിന്റെ കാതലിലേക്ക് എത്താതെ കണ്ട് കെട്ടി നടന്ന ഹുബിൽ അവരുടെ ഫക്കറ കൊണ്ട് തശ്ബുമായി ഇത് ജനങ്ങൾക്ക് തലപ്പുസുണ്ടാക്കി തൽപ്പാക്കി ഭാഷ ഇലർ റദ്ദിയായാലെയും അവർക്ക് അതിന് റദ്ദു ചെയ്യാൻ വേണ്ടി പ്രസാറത്താക്കുന്ന ഫിയാദൽ ഫസൽ അപ്പൊ ഇംഗ്ലണ്ട് രണ്ട് ഫസിലായിരുന്നു മാത്രം ആരാ വൈകി അഞ്ചാമത്തെ ഫസലെ ഈ കാലഘട്ടത്തിലുള്ള ചില പൊക്കളാക്കെ പറ്റിയാണ് പറയുന്നത് തന്നെ അശബു ആക്കിയിട്ട് ഓരം കിട്ടുന്നവരുണ്ടല്ലോ അവരെ പറ്റി അപ്പോ ഇവിടെ നമ്മളെ ചാരിയും ഈ ബൈറ്റിൻറെ ബൈറ്റിന്റെ മുത്തന്നിപ്പും തമ്മിൽ മധുര പിണ്ട് അത് ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെ നൂപ്പർ ബൈറ്റർ അങ്ങനെ വിമർശനം തുടങ്ങും നൂപ്പറക്കാർ വിമർശനത്തിന് എത്തിട്ടുണ്ട് ഓട്ടോ പോയിരുന്നു രണ്ടാളും കൂടെ ഒക്കെ നോക്കണ കാലത്തേക്ക് റമിയല്ലാകു എന്നോ പറയുന്നു ഹാതൽ ഫസലും ഈ ഫസലും അതെ തേക്കുന്നവയ്ക്ക് തങ്ങൾക്ക് കൂടി പിന്നെ ഈ ഫസൽ പറയുന്നു ഈ മുക്കാബലത്തില്ല ഈ കബുലകൂ മുമ്പ് പറഞ്ഞതിന്റെ മുക്കാബിലെ ഇങ്ക രണ്ട് ഫസലവിടെ കഴിഞ്ഞത് മുമ്പ് പറഞ്ഞതിന്റെ മുക്കാബലയിൽ ഈ ഫസല് പറഞ്ഞല്ലോ അതെന്തിനാ െത്തി മുമ്പേത്തത് ആ ഞാൻ അത് തന്നെ പറഞ്ഞു കഴിഞ്ഞു മുമ്പ് പറഞ്ഞത് സിഖ്ഹ് മഹസനം ചമഞ്ഞിട്ട് ആളുണ്ടല്ലോ അവർക്കെതിരെയുള്ള മറുപടിയാണ് മുമ്പേത്തത് ഓ പറയുന്ന വാബോ ഈ കമ്മിൽ മുഹീന മിനൽ മുത്തീ ഫുറ ഗോലം കെട്ടി നടന്നിട്ട് മറ്റുള്ള ആളുകളെ കബളിപ്പിക്കുന്ന ആള് തന്നെയാണ് ഈ അപ്പൊ രണ്ടും രണ്ടും ഫസിലയച്ചാ പോകുന്നു മനസ്സിലാക്കണം അല്ല ഞാൻ അവർ തന്നെ പറഞ്ഞു വരും ഈ ഫസലിൻ ഈ കാലഘട്ടത്തിൽ ഒരു സാധിക്കായ ഒരു മുരീതുണ്ടെങ്കിൽ അറിയൽ അനിവാര്യമായ കാര്യത്തിൽപ്പെട്ടതാകും അതെന് ഞാൻ സാധിക്കായിട്ടാണോ അല്ല ഞാൻ വെറും കോലം കെട്ടിയാണോ എന്ന് അവനവന്റെ വിലയിരുത്താൻ വിളിച്ചു സ്വന്തം നെഫ്റ്റിന്റെ മേൽ ഇതുകൊണ്ട് വിലയിരുത്താൻ ഞാൻ സാധിക്കുന്നുണ്ടോ അല്ല ഞാൻ സാധ്യമാണോ എന്ന് വിലയിരുത്താനുള്ള ഒരു മരതണ്ടാണ് ലാ ഫൈറാലിക്ക വേറൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ബദാലിക്ക ലിമാൻ വക്കത്തി ഈ കാലഘട്ടത്തിലുണ്ട് ബിനൽ ഫസാദ് പലതരത്തിലുള്ള ഫസാദുകളാലും വ തലിയേറ്റ് മറ്റുള്ള ആളുകളെ കബളിപ്പിക്കഴിഞ്ഞാലും ലാ സി എമ്മ പ്രത്യേകിച്ചും അന്നഫി സഫി ഇമ്രാഹിം إبراهيم عليه السلام <سؤال> إن سحصل عنده وعلى العاقل أَن يكون عارفاً بزمانه إلند رفل الله يقولون أنه يقولون وعلى اللاقل بدّ مااند قرميه الفتضاء أَن يكون عارفاً بزمانه أَوَنَ وَجِيْوِكِنَّا كَالَغَتَتْتِنَا كَتِّي آدِنَّا عَرِّيْتِكَنَا قالت أنه سبب رئيس وعالت من جاء وراثنين وراثنين ഏത് കാലഘട്ടത്തിലാ ജീവിക്കും നോക്കിട്ട് അതിനാ കണക്കിലെടുത്തിട്ടാണ് ജീവിക്കാൻ അപ്പൊ കാലഘട്ടത്തിനെ സംബന്ധിച്ച് ആരും ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്ന് ബുദ്ധിമാന്റെ കടയിൽപ്പെട്ടതാകുന്നു എവിടെയുണ്ട് ഗവൺ അപ്പൊ ഇത് അമ്മാനറിയില്ല എങ്ങനെയാ രണ്ടായിരത്തി മൂന്നാകുന്നു അറിയില്ല അതാ മാലിപ്പത്മാരെങ്ങനെയാ അലി അതിന്റെ അഹലുകാളെപ്പറ്റി അറിയലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ബി സി സമാ കൊണ്ട് വളരെ കൂടാതെ കഴിയില്ല വരാ മുന്ത ജുംലത്തൻ മൊത്തത്തിനും അറിയുമ്പോ തസ്തീലൻ ജുംലത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ലോകത്തിന്റെ സ്ഥിതിഗതിയിൽ ഇന്നതാകുന്നില്ല തസ്തീലായിട്ട് അറിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മളെ ചുറ്റോടുണ്ടാവുമല്ലോ നമ്മൾ ലോകത്തൊട്ടാകില്ലല്ല അതറിയില്ല അതാ തസ്തീലി നമ്മുടെ ഇടപഴക്കുന്ന മേഖല ഏതാണോ അതിനെപ്പറ്റി നഫ്തിരാച്ചറിയും എന്തുകൊണ്ട് അന്നമം താല്മലന സ്വന്തം നസ്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ എന്മ പഠിച്ചാൽ തനവറ ഓനിക്ക് പ്രകാശം കിട്ടി വമൻ താല്ലമൽമൽ ഇന്നാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എരുമു പഠിക്കുന്നു എന്നാൽ ഹയ്യറ ഓൻ ആകെ വേചനായിട്ടുണ്ടാവും നമ്മൾ ജനങ്ങൾക്ക് ഇമ്പോട്ടുണ്ടാവും അപ്പൊ ഇതുണ്ടായി പഠിച്ചു പറഞ്ഞപ്പോലെന്ന് തോന്നുന്നു ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുടിച്ചു വെച്ചത് ജനങ്ങളും ഞമ്മക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവർ വാങ്ങിയില്ലേ ഇങ്ങനെ നല്ല നെല്ലുക്കയുടെ ചോറ് വാങ്ങിക്കൊത്ത് ഞമ്മക്കാല്ലോ വേണ്ടി ഞമ്മക്ക് പോയി കാറ്റവും മൂത്തവും ചാണകവും എല്ലാം വേണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾ വാങ്ങില്ലേ നിങ്ങളൊന്നും അതുണ്ടാവുക നല്ല തോലിന്റെ ഗ്ലാസത്തിൽ ഇടുക്കി പോയിട്ട് ശരിക്കും സഹാതേൽമല്ല മാന വ്യാഖ്യാനിച്ചത് നീങ്ങത്തി നല്ല നീങ്ങത്തുമായിട്ട് ജനങ്ങളുടെ അവിടെ അഭിമുഖീകരിച്ചു അഫുലഹ ഓം വിജയിച്ചു ഒന്ന് നടന്നെ നിയത്തിന്റെ മൂല്യം എനിക്ക് കിട്ടും എന്റെ ഉദ്ദേശ ചോദ്യം അല്ല എന്ന് പറയാല് എത്ര ജനങ്ങളെ ആ കുറ്റപ്പെടുത്തിക്കൊണ്ട് സമീപിച്ചാലോ ഹാസറാവുന്നു ഹുറാനും എല്ലാരും നേരിയാക്കണം ഞാൻ പറഞ്ഞ വാർത്തയൊക്കെ എല്ലാരെയും കിട്ടണം നിങ്ങൾ വിചാരിച്ചേരി ഇതിന്റെ അടക്കല് ആരെയും കിട്ടൂലല്ലോ ജനങ്ങളെ തേച്ച് കുറ്റപ്പെടുത്താൻ ഒന്നും എനിക്ക് ഇവൻ മേടിച്ചതിനേക്കെല്ലാം ജനങ്ങളും ഒത്തുകിട്ടണം എന്ന് വിചാരിച്ച ഹസ്ര ആ നക്ഷ കച്ചവടം തന്നെയാണ് എന്തുകൊണ്ട് വലിക്കുല്യ കൌമിൻ ഹസാലത്തും എല്ലാ സമുദായത്തിലുണ്ട് ഒരു കാട്ടോമ്പൊടിയും വിശാലത്ത് നിന്ന് തന്നെ അടിച്ചുപരിച്ചാർന്ന് കാട്ടോംപൊടിയില്ലേ ആ അത് നേരെയാണെന്ന് ചോദിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ് വഹാവുല ഇല്ല നീന എതുക്കൂ അസൗതാപവും ബാധവും എന്താ വഹാവുലായി ഒരു കൗമുൽ അല്ലത് എങ്ങനെയുള്ളത് എതുക്കുറു മുസൻ നീ എന്താണ് താഴെ പറയാൻ പോകുന്ന അവസാഫവും ചിലത് ഉസളെ പറ്റി പറയുന്നുണ്ട് വാദവും അതിനപ്പറന്താവുള്ള വാദ്യം എന്നുള്ളത് അവിടെ മാറ്റണം വലിയ ദുഃഖം ആക്കണം അവർക്ക് നീ വാദം പറഞ്ഞു കൊടുത്തേ നല്ല വാദം പറഞ്ഞു കൊടുത്ത അല്ലിന്ന് പറഞ്ഞെന്തായി നീ ഓണവലോണം ബഹുമാനിച്ചോന്ന് അർത്ഥം കിട്ടില്ല അല്ല വതിഹും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക വ്യുഹും നല്ല ബോധവർക്കാണ് നിർത്തിക്കൊള്ളി സ്വാതിച്ചയങ്ങളായ അല്ലുണ്ടാവുമല്ലോ നല്ല സത്യഗന്ധന്മാരാണ് അവടെ നീ താക്കീ നൽകണം നീ ചെയ്ലയും ചെയ്യുമ്പോൾ ചെയ്യല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കണം താക്കീ നൽകി കൊടുക്കണം ഓറം അത് ചെയ്യിപ്പോ അല്ല നല്ലാലും അവിടെ കൈപ്പുണ്ട മറ്റോർക്കൊരു വളർത്തുപദേശം കൊടുക്കുക ഇവർക്ക് മറ്റോർ മതി പോരാ എന്ന് പറഞ്ഞു കൊടുക്കുക എന്തിട്ടോ ഇൻ തമാതു അവർ പിന്നെയും അതിലിട്ട് എന്ന പല തസ്റ്റൽ ബിയും ഓർക്കണ്ട് പിന്നെ ഏർപ്പെടാൻ നിന്റെ വാദം നിറവേറ്റിക്കഴിഞ്ഞു പിന്നെ ഓർ ആക്കി ഇനി തോലാണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ കടമിച്ചു എന്ന് പറഞ്ഞോളൂ വല തുറായി ഷറന്റെ നിയമപ്രകാരം നിനക്ക് തകയ്യറാക്കൽ വാജിബായ കാര്യം ഉണ്ടാവുമല്ലോ മാതുകൊണ്ടോ കൈ കൊണ്ടോ മനസ്സുകൊണ്ടോ എന്ന് പല ജോഹഞ്ഞിറൂരി അത് വാജിബാകന്റെ രംഗത്തെല്ലാം നീ തങ്ങിയറാക്കാൻ പോകേണ്ട തയ്യാറാവൂല സിനിമാ ചാരെല്ലാം കൂട്ടിക്കണം അല്ലെങ്കിൽ തീ വെക്കണം നമുക്ക് തകയീർ വാജിബായ രംഗടെയാണോ അവിടെ നീ സ്വാധീനം ഉപയോഗിച്ചുകൂടാ നടത്തിക്കൂടാന്ന് തന്നെ അതിനപ്പുറം നടക്കാനാവില്ല അത് ഇതല്ല ഫുഫി കുല് അംബിൻ ബഹീലിൻ മുത്തഫക്കിൻ നരേഹി വളരെ വ്യക്തിതമായൊരു കാര്യം അത് നിഷിദ്ധമാണ് അതോടൊപ്പം അതിൽ ഏകാഭിപ്രായമുണ്ട് ഇമാമിയങ്ങളിടയിൽ അഭിപ്രായിച്ചതേയില്ല അത് ആറാമാണ് അല്ലെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള ഏകാഭിപ്രായം ആക്കപ്പെട്ടതും വളരെ വളരെ വ്യക്തമായൊരു കാര്യത്തിന് മാത്രമേ ഇങ്ങാറാക്കാൻ പോകേണ്ടു മാത്രമല്ല തകിതുറാത്ത അത് വേദഗതിയാക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും നീ പറഞ്ഞാൽ നടക്കൂ നീക്കേപ്പിച്ചു മാത്രമല്ല മിൻകായി അയ്യു അദ്ദേഹം മുങ്കരൻ ആഹറ അളോ മിൻ ഇതിനാൽക്കാണ് ഗൗരവമേറിയ മറ്റൊരു മുങ്കറിലേക്ക് അത് വലിച്ചു വെക്കാതിരിക്കുകയും പോണം പള്ളിയിൽ വെച്ച് വളർത്താനും പകരമല്ല ഞാൻ വളർത്താനും പകര തൂറിയും കൂടെ ചെയ്യുന്ന ത്താനം പറയില്ല മാൂർ ഇപ്പോൾ തൂറിലേക്കാണ് കൊണ്ടോ എത്തിച്ചത് കുസിയെ നിരക്കെ എത്തിക്കുന്നു അപ്പൊ അതിനാൽക്കാണ് ഗോരമ്പോ വേറെ മുങ്കറിലേക്ക് ഇതിനെ നിരോധനത്തിക്കുന്നുണ്ടാരെന്താ കണ്ട അത് നിരോധിക്കാനേ പോകേണ്ട അതിനുള്ള പോയിക്കോട്ടെ നോക്കിയത് പലകനം അവ മിറ്റലി അല്ലെങ്കിൽ തത്സുല്യമായ മറ്റൊരു മുങ്കർ അപ്പൊ ഈ ഉത്തരപ്രദേശം ഈ മുങ്കല്ല നിരോധിക്കുമ്പോൾ തത്തുല്യമായ മറ്റൊരു മുങ്കലാണ് വരും എന്നാലും പിന്നെ മുങ്കലോണ്ട് മുങ്കൽ പോയിന്നല്ലാണ്ട് ഇവിടെ ഫലസിദ്ധിയൊന്നുമില്ലല്ലോ അതിനെ കാരണം ഗൗരവം പറയും മറ്റൊന്ന് വരികയാണെങ്കിൽ അവർ നിരോധിക്കാനേ കൊണ്ടാണ് അല്ലാ തലഫുസ് ജീവിച്ച മാർഗം ഏതാണോ ആ മാർഗത്തിൽ നിന്ന് കാലം മുഴുവനും മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഓപ്പറാദ്യമായി തുടങ്ങി പറയുന്നത് വൈകാൻ യേദ അഹല്ല ദൂർ ബൈന ഹുസൈദാ നമ്മാറന്നി നീദീസാഹ ഇദാ അലിന്ത നീ അറിഞ്ഞു കഴിഞ്ഞാ കൈഫ കാനൽ ഹാലു മുമ്പത്തെ ഹാല എങ്ങനെയായിരുന്നു മുദാമ ഷൈഖു വതൽമീദു ഒരു ശൈഖു ഒരു തൽമീദു ഒരു വിശിച്ച ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരു പവിത്രമായ ഒരു കൂട്ട് കിട ഉണ്ടായിരുന്നു തും മാലു ബിന്ന അദല്ല താറമാറായി മാറി അപ്പോൾ ഈ സംഘടന വന്നതിനോട് കൂടിയിട്ട് പിന്നെ ജ്യേഷ്ഠനിക്ക് അനുജനില്ല അഞ്ജനിക്ക് ജ്യേഷ്ഠനില്ല ഭർത്താവിന് ഭാര്യയില്ല അർത്ഥ വണ്ടയില്ല ഭർത്താവിന് ശിശ്യന്മാരില്ല എല്ലാം കൊഴിഞ്ഞു പാപ്പറ എല്ലാം മൂന്ന് അത്തരക്കൊടിന്റെ കീഴിൽ ഫലം നീ അറിഞ്ഞോ അല്ലാത്തത് ഈ കാലഘട്ടത്തിന്റെ അലികാർ കഥരോപി മറ്റാത്തിൽ നമ്മൾ ഈ പുറുതാക്കി ഉണ്ടാക്കപ്പെട്ട പല പരിപാടികളെ കൊണ്ട് ചൂലായിട്ടുള്ള ാലൊന്നില്ലാത്ത പല പുതിയ പുതിയ പുതിയ പരിപാടികളാണ് ഈ സഹതത്വവും ഭൈതവും ഇസ്തലാഹ ഓരോ ഇസ്ലാഹകളോരുണ്ടാക്കിയിട്ടുണ്ട് ഓരോ സംഘടന സെക്രട്ടറി മറ്റേത് അങ്ങനത്തെ കാലങ്ങളിൽ പാർട്ടി പാർട്ടി പുള്ളന്മാർ പാർട്ടി ബാലക്കാർ പാർട്ടി നമ്മളെ ജാഗൻ നേരിട്ട് പാർട്ടി ഞാൻ ചോദിച്ചു ഈ തമ്മിൽ ആകാത്ത മോക്കുകൾ തന്നെ ഞാൻ പിള്ളേർക്ക് പാർട്ടി ഉണ്ടാക്കി എന്താ കാര്യം ഇനി പച്ചപ്പൊടിക്കുമ്പോൾ മുഴുവൻ ഇത് ഇണ്ടാവുക നൂലർക്കിണ്ടാവും നൂലർക്കത് സമയമുണ്ട് ഓരോ ഇത്തരത്തിലുള്ള ഓരോ കോഡും യൂണിറ്റ് എല്ലാം അതുകൊണ്ട് ദീനിനൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ദീനൻ ഇതുകൊണ്ടൊരു നേട്ടമുണ്ടായിരുന്നോ സമുദായത്തിൽ നേട്ടമുണ്ടായിരുന്നോ എനിക്കും അതുകൊണ്ടൊന്നും പറയാനാവുന്നില്ല അവരുടെ ഓരോ നിയമാവലികൾ അവർ കെട്ടിണ്ടാക്കി അതിൽപ്പെട്ട അധികവും അത് ഹറാമായ പരിപാടികളാണ് ഇന്നാളെ കണ്ട തെളാഞ്ചെല്ലാൻ പള്ള ഇന്നാളെ കണ്ട മുടി ഇങ്ങോള ഇന്നലെ കൊന്നിട്ട് ലോറോ ഇത്തലാകത്തുണ്ടല്ല ഹറാമായ പരിപാടികൾ കൊണ്ടുപോയിട്ടാണ് ഓരോ ഇത്തരം ആകുന്നുണ്ടത് നിയമാവതി ഇങ്ങനെ വെക്കേണ്ട സാധനം ഇങ്ങനെയൊക്കെയല്ല മങ്കൂസ് എന്ന് പറയും തലവുത്തിന്റെ ചേഖന്മാർ എത്ര കാലമായിരുന്നു എന്നും പറഞ്ഞു അതാണ് എന്റെ കൈഫക്കാലൻ ഹാൽ വശീഫോ മീനോ എന്നല്ല മറ്റും ലേഞ്ചുകളും അخبارാക യുനക് ഉബ്ര പറദ ഇന്ദു കുനാ ഇവിടെ അന്ന എന്ദു നാകി പാ അന്ന ദാലിക കദു ഹാല അദാ സുമ ഹാലു ന ഐ തഗയ്യറാക നല്ല കു വലം മാരി വന്ദിക്കു വലം യബക അലാ ഹാലഹി പണ്ടുള്ള നിലവാടം ഇന്നു ബാക്കിയായിട്ടില്ല അദുകൊണ്ട് ഫനാ തഗതറ ബിമ്മൻ യദ്ദീ ഹാലത മഅല്ലാ അല്ലാഹുനോടോപ്പം എനിക്ക് প্রত্যেক ഒരു ഹാലത്ത് ഉണ്ട് എന്ന് വാദിച്ചു വരുന്ന ആളാണ് അതുകൊണ്ടും നീ വഞ്ചിക്കപ്പെടണ്ട ഞാനാരാ ഞാൻ വലിയ എന്നാലും ബാധിച്ചു വന്നാൽ നീ വഞ്ചിക്കപ്പെടണ്ടോ അവനെ നല്ലോണം പരീക്ഷണം നടത്തുക ദുന്യാൻ്റെ എങ്ങനെയുണ്ട് കുറച്ച് പൈസന്റെ ഇടപാട് വഹിച്ചു ഫാജെന്ന് പറയില്ലേ പൈസ പറഞ്ഞത് أو أوجبيل الله فيه آثارهم قد خالها هذه الدرغام تاري باجه او ورام سرنا على بناء كان امر ما تكون الا انه അന്നത്തെ കൊല്ലും സാധിഹൂന എല്ലാ സാധിഹികൾ തന്നെയെന്ന് വിചാരിച്ചു നമ്മക്കന്നിടെ വരാനുള്ളത് സ്വയമ്പത്ത് എട്ടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വദേശിച്ചിട്ടേ കൂടുമ്പോ എല്ലാ എല്ലാം നല്ലതെന്ന് വിചാരിച്ചു നമുക്കെന്ന കോട്ടം വരാനുള്ളത് വാവുലിയ ഒന്നും വരാനില്ല വന്നാ ഹെല്ലായ അക്രമാനുഭവത്താലയോടുള്ള കുറുമല്ലാതെ ഓറോന്നും അതുകൊണ്ട് നമുക്ക് കയറാനില്ല ഇപ്പൊ മഹാൻ മഹാഭവത്ത് അല്ലാതെ ശരീരത്തിൽ ശരീരത്തിന്റെ നിയമാവര് കാത്തുസൂക്ഷിക്കരോടൊപ്പമാണെങ്കിൽ അതോടൊപ്പമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മൾ വിചാരിച്ച് നമുക്കൊന്നും കേറത്തുന്നില്ല പരസ്യമായി ഇങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്ക് ഓർമ്മല്ലേ വിചാരിക്കാൻ അള്ളാന്റെ പേരും പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മൾ ചതിക്കാൻ ഒരുങ്ങിയാൽ നമ്മൾ ചതിഞ്ഞു കൊടുക്കവർ കൂടി ചതിക്കുന്ന നമ്മൾ ഭാഗിക്കൊടുക്കാൻ നെച്ചോട്ടെ ഒരു ഹാസിലും പറഞ്ഞോട്ടെ ഒരു കാര്യം വരുന്ന നമ്മൾ ചതി കൊടുങ്ങിക്കോട്ടെല്ലോ നമ്മൾ അത്ര ഇത്ര പറയുന്നില്ല ربتتنا كل شيء هو الحديث اقبل الحديث اقبل الحديث الحديث عنده المؤمنون غيرن ال ورن مرتبهيده ابو سعيديه عبد الله بن عمر بن الخطاب رضي الله عنه بيقولوا من هاذنا في الله الله لله قاعده نعمل arrangement चाचारी إن خضائنا له نمر صغير كرمي برغان لحيا نمج شادن يوضلان وإنه لحيا وفي حديث حديث لنبع المؤمن مؤمن غر كريم غر ناري بيه شريك ونالام تاغير ناري برنبوضين فرثين ناري بيه شريك ونالام وان معنى ناري بيه شريك والمنافق خب لئيم خب لنا تاريكان لنناري ഈ ഗെറു എന്നോട് ചതിക്കപ്പെടുന്നാള് ഹബ് എന്ന് പറഞ്ഞാൽ ചതിക്കാൻ ഒരുങ്ങുന്നവർ ലെയ്യുമോരിക്കും അതർത്ഥം പറഞ്ഞാൽ അപ്പൊറൂ എന്നുള്ളത് ഈ കസിലിൽ കൈനിറുസിനെ വേറെ നല്ല നീയത്വവും ഒരു നല്ല തൽ വിചാരണം വെച്ചോണ്ട് എന്താക്കോ പറയുന്നതല്ല അങ്ങോട്ട് വിശ്വസിച്ച് അംഗീകരിക്കും അതിന് ഇതൊന്നും പറയില്ല ആയിക്കോട്ടെ പക്ഷേ അത് സ്വയം വനൊക്കെ സ്വലഭത്തെ കട്ടാനോ വേറെ ആക്കാനോണ്ടെങ്കിൽ ഇറക്കിയില്ല അല്ലെങ്കിൽ എന്താ മറ്റുള്ള ആൾ കൊടുങ്ങുമല്ലോ പിന്നെ മുന്തിരി വൽ മുഹമ്മൽ മുഹമ്മിനായ മനുഷ്യനെന്താക്കുന്നറിയോ വേറൊരാളെ തെറ്റുകുറ്റുകൾ കണ്ടാൽ ഒരുപാട് ഋതിരുകൾ കണ്ടെത്തും അയാൾ അതുകൊണ്ടായിരിക്കാം ഇതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വൃതിർ അയാളെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് ഗൃതിമുട്ടിയാലെന്താക്കാരനാക്കും ഒരു മുനായ മനുഷ്യൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് എഴുപതോളം മൃദരുകളും തോടിപ്പിടിക്കുന്നുണ്ടാവും കണ്ടവട കാപ്പുറത്തരല്ല സിയമ്മ പ്രത്യേകിച്ച് മഹലൻ നിസുബത്തി നിസുബത്തിന്റെ ഹരി ഉണ്ടാവുമല്ലോ കൂടിയിട്ടില്ലേ അതുകൊണ്ട് പൽവാജിബു തൽ ജാനിവി നമുക്ക് വാജിബായ കടമെന്താ ആ ജാനിവിനെ താലീമായി കൂടാം അതെന്താറുമസീമൻ അതിലേക്ക് ആരാണോ മുന്തസിബായിട്ടുള്ളത് ഇപ്പം ഇന്ന ശൈസിലേക്ക് എന്ന് പറയുമ്പോ ആ സൈസിനെല്ലാം അനുമെ അധികമാക്കണല്ലേ ഒന്നും അതുകൊണ്ട് ആ മുന്തസിബ് ഇങ്ങനത്തെ അധികമാക്കൊന്നു ഇവിടെ ചർദിക്കപ്പാതി അയാള് കാതിബാണെങ്കിൽ പാലേഹി കതിബ് കതിബു അന്നുമല്ലായിരിക്കും ഞമ്മക്കൊന്നുമില്ല വൈദിനും ആയിരം ആളുകളെ വിലയത്തി കടത്തലാണ് ആക്കുന്നതിലും എന്തായി അള്ളാഹ് എടുക്കുന്ന വലിയ വലിയ വാഹനം ഒരൊറ്റ വലിയ പുറത്താക്കുന്നതിനേക്കാണ് ഒറ്റ വലീനെ വിലയത്തില്ലെന്നിട്ട് പുറത്തു നിൽക്കുന്നതിനേക്കാളും നല്ല എന്താന്ന് ആയിരം ആളുകളെ ഒരിയാക്കലാൽ മിൻഹാനത്തെ വിലായത്തിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാളും പടപ്പുകളും ഒഴിവനും അള്ളാഹുവിന്റെ അയ്യാതവ അള്ളാന്റെ ചെലവ് കൊണ്ട് അള്ളാന്റെ മേനോട്ടത്തിലാകും ഓണ ചെലവിക്കുന്നു നമ്മുടെ ചെലവിൽ ആരും കീഴുന്നില്ല ഒരാളെ ചെലവി കഴിയുന്നവന്റെ ആശ്രയിച്ചാരുണ്ടല്ലോ ആയതും അഭിനി ചെയ്താല് അഹബു ആ ചെലവ് കൊടുക്കുന്ന ആരെയാണ് ഓന അഹബത്തോക്കുന്നു അത് നേതൃത്വം വഹിക്കുന്ന ആളാ യാളിനോ കുറ്റപ്പെടുത്തിയാലോ അബു മറ്റോ രക്ഷപ്പെടുപ്പിക്കുന്നത് കാല പിന്ന സിംഹത്തിൽ കാപ്പിയ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വമ്മൽ ഫുക്കറാ പൊക്കറാദ്ക്കളായ പൊക്കറാക്കന്മാർക്ക് ഫൈസല്ല മുലഹും അവർക്ക് വേണ്ടി തസ്ലീമ് ചെയ്ത് കൊടുക്കാൻ എത്ര ആളോ പറയണ്ട എല്ലാ കാര്യത്തിലും എങ്ങാറു ഇൽമ് അതിന് ഇൻകാറാക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല ശരിയായ ഇൽമിനി അത് ഇൻകാറാക്കും പറഞ്ഞില്ല അന്ന് അങ്ങനെ നമുക്ക് ചെയ്തോട്ടെ എന്ന് വെച്ച് വിടയാവേണ്ടത് നിസീഹത്തുൽ കാഫിയാന്റെ ഷാരി ഉണ്ടല്ലോ ഓർ പറഞ്ഞു ഇറാക്കാൻ ആവശ്യപ്പെടാത്ത കാര്യങ്ങളുണ്ടല്ലോ അത് രണ്ട് തരത്തിലുണ്ട് അതിൽപ്പെട്ട ഒരിനം കതാലിക്കല്ലാതറിയ അതിനെപ്പറ്റി എത്തിക്കാതും ചെയ്യുന്നുണ്ട് കതാലിക്കുന്നെന്തായുഗറുവാൻ ഒരാളും ഒരാളമ്മേൽ ഇങ്കാറാക്കേണ്ട ആവശ്യമില്ല അസാനി രണ്ടാമത്തേനുണ്ട് മായകത്തക്കിന് കുബുഹോ അത് മോശമാണ് ഉണ്ടാക്കുന്നു ജനങ്ങളെത്തക്കാതെയെന്ന് അത് മോശമാണെന്ന് ജനങ്ങൾ എത്തിക്കാതെയെന്ന് അത്ത മുത്ത അതുകൊണ്ട് വസ്തു സിദ്ധിച്ച ആളുകൾ ആരാണോ അവർ കുറച്ച് മോശക്കാരാണ് എന്നുണ്ടാക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നു അതെ ആരുടെ തലബ്രീഹി അവരുടെ മേൽ വാലിഭായോ ഈ ഒരു ആരുമായി സംഗതിക്കേണ്ടിയിട്ടുണ്ട് അപ്പം ബഹുമല്ലത് അത്തരം കാര്യങ്ങൾ എന്താക്കണം തമ്പിഹാക്കി പറയാൻ അനിവാജ്യമാകുന്നു വസ്തീറ്റ് ബിത്തർക്കി ഇൻകാരി അത് ഒഴിവാക്കണമെന്ന് ഇൻകാർ ആ ഇൻകാറിനെ ഒഴിവാക്കണമെന്ന് ഒസീത്തും പറയണം അതുപോലെ തർക്കിൽ ഹൌഫിപ്പ മുജാനപത്തിൽ ഉദാഹരണം പറയാ ഹൌഫിനെ ഒഴിവാക്കുന്നു അതിക്ക് ബാലസ് ചിലക്ക് ഹൌഫ് കാണുന്നില്ല ചിലപ്പോൾ ഓർത്തുണ്ടാക്കൂ മഹത്ബത്തിന്റെ മക്കാൻ മത്തിയിട്ട് അങ്ങോട്ട് കയറി കയറി ഉൾസിന്റെ മക്കാൻ മത്തി ഹോപ്പാട് ഉണ്ടാവില്ല ഹോഫ് തീരെ ഉണ്ടാവില്ല അപ്പൊ ഇവർ ഹോഫില്ല എന്നിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ ഇവരുടെ മക്ക മുൾസിന്റെ മക്കാമാണ് ഉൾസിന്റെ മക്കാമേ ഹോഫ് ഉണ്ടാവും പതിവേയില്ല അപ്പൊ ഇന്ന് കാരണത്താലാണ് അതുകൊണ്ട് എത്ര പറയാൻ പാടില്ല എന്നുണ്ടാക്കണം ഞാനോട് പറഞ്ഞു കൊടുക്കണം അതുപോലെ അസ്ബാബി ലോചിരിക്കുന്ന ഒരാൾ ാനും പോകുന്നില്ല അസ്വാഭാവിനും പോകുന്നില്ല ജോലിക്കും പോകുന്നില്ല ആ രീതിയിലിരിക്കുന്നു അപ്പൊ ജനങ്ങൾ എന്താക്കും അത് മോശമാണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാവും കുറ്റപ്പെടുത്താൻ പാടില്ല അസ്വാമിനെ ഒഴിവാക്കുന്ന ചില രംഗങ്ങളുണ്ട് എന്താക്കുന്നതിനുണ്ട് പറഞ്ഞു നോക്കണം അത് ജനങ്ങളെ കാഴ്ച പാടും മോശമായിട്ടാണ് അന്ത പണിക്കൂവാത്തേന്റെ പണിയെടുക്കാത്ത അല്ല ചമ്മൻ ചോദിക്കാത്ത അത് തജിലീ നോക്കാമല്ല ഇത് തജരി നോക്കാമില്ലാണെങ്കിലോ അസ്വാവ് പാടില്ലല്ലോ അപ്പൊ അന്നത് കൊണ്ടായിരിക്കണം എന്ന് എന്താക്കണം ജനങ്ങൾ പറഞ്ഞുകൊടുക്കണം നാട്ടിൽ സാഹിബ് ഈ ഹൌസ് ഇല്ലാത്ത ആളുകൾ അതുപോലെ അസംബാബിനെ ഒഴിവാക്കി കളയുന്ന ആളുകളെ ജനങ്ങളെന്താക്കും കുറ്റപ്പെടുത്താറുണ്ട് അയാൾ ലജസീബ് അൽ കസൽ അയാൾ മടിയനാണ് അയാൾ വലഹീനാണ് അയാള് കർണാടക പറഞ്ഞിട്ട് എന്താക്കും കുറ്റപ്പെടുത്തുകയും ചെയ്യും മാത്രമ എത്രയും മൂന്ന് വിത്തമായി കൈവള്ളിൽ യാചിക്കാൻ വഴി നടക്കാനൊരുങ്ങുന്നൊക്കെ പറഞ്ഞു പണിയെല്ലാം ചാടിയിട്ടി ജനങ്ങളൊക്കെ നക്കാപ്പിക്കണം അങ്ങനെ അയാൾ നിൽക്കുന്നെല്ലാം പറഞ്ഞിരിക്കും അതൊന്നും പറയാനായിട്ടില്ല അയാൾ ഹാല ആദ്യം പരിശോധിക്കും കുറ്റപ്പെടുത്തുള്ളൂ അതല്ല വക്ക ലഭിച്ചിൽ മുറക്ക ആറ്റി കണ്ടം വച്ച കുറെ തുണിയെല്ലാം ഉടുക്കിലുണ്ടല്ല അത് ചില കുറ്റപ്പെടുത്തും അന്നായി മറ്റുള്ള ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇത് കണിവലിയാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മറ്റുള്ള ആൾ മനസ്സിലാക്കുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ഇവരാണെങ്കിലോ ഇവർ നഫ്തിന്റെ കീബറും ഡമ്പലും കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായിരിക്കും ജീവിതത്തിൽ ഞാൻ പറയുന്നുണ്ടാവില്ല മറ്റുള്ള ആളുകളെ ചതിക്കാനും ആളുകളോട് ചോദിച്ചു മങ്ങാനുമുള്ള ഒരു കണി ആക്കിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തും ഏതൊരുപ്പം മാൻ നുക്കവ യകൂലു ഖദാലിക അങ്ങടിയും ആവാ ഫഖദില ചിലപ്പം അങ്ങനാവാടിക്കീം ചെയ്യാ അപ്പോൾ തഫ്സീൽ വിശാലമായി അറിയാതെയായ തലതോട് കുറ്റപ്പെടുത്താൻ പറ്റില്ല വസ്സലാമു വസ്റഹമതു വത്തിസ്ലീം അതുകൊണ്ട് ഒന്നും പറയാനിക്കെന്നല്ല സലാമത്തുള്ളൂ ഫമനിന്ദമാലി തരീഖിൽ ഖൗം ഖൗമിന്റെ തരീഖിലേക്ക ഒരാൾ ചേർന്നു വന്തതബയിലേയും ഓർക്ക് നിന്ദിതാബും ചെയ്തു കഴിഞ്ഞാൽ യുസൽദമ ലഹു ഹാലുഹു ഫീ മിഥ്ലി റാലിക هذه المحوش على كل ح 약 الظ franchيطور، comen disciple، وك самые الأطباء، وقطعنا يمكنكم لوما sellنا على حق السلائم الذي أصبوه 28 Access wiramos Nós gluey ما ذلك سَمَّ كَالَ فِي نَسِّيْحَ إلى الشرحاب explica وَمَا بَجَبَ إِنْكَارُهُُresoُّويُّهُ عِنْكَارَىٰكَالْبُّجُوبَى آيَغَىٰي자기َىٰم أنقر عليهم then we can't let all cease yet نت Burke അതോടൊപ്പം മഴത്തിക്കാതി കമാലിയും അവർ നമ്മളേക്കാൾ കമാലുള്ള ആളാന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെ നയിക്കോട്ടെ അവർക്ക് ഒട്ടിച്ചെങ്കിൽ ആ കു അതാണ് കേടുള്ള ഭാഗം മാത്രം മുറിച്ചും കഴിഞ്ഞിരുന്നു പൊതുത്തെ കായ് കിട്ടിയാൽ ഇനമുണ്ടാക്കൽ കായ് മുഴുവൻ ചാടകല്ല മുഴുവൻ തിന്നലുമല്ല കേടുള്ള മാത്രം മുറിച്ചാലേ ബാക്കി തിന്ന അതിലോട്ടി അതാ അത് മത്തിനിത്തിയന്റെ അതിന് ശരഹി കാലശാരിയ പറയുന്നു ലി സാബന് ലി ജാനിബിൻ ഹക്കി മുക്കത്തമ്പിതാരിക്കർ ഹക്കന്റെ ജാനീബിലേക്ക് ചേർന്നിട്ടൊരു നിസ്മയിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഒരു സേഖലക്കോട് അറിഞ്ഞിട്ട് അത് മുക്കത്തത് തേർന്നുള്ള ഇതായിരിക്കാം എങ്ങനെ കമാലിയത്തെ എത്തുക്കാതെ ചെയ്തതോടുകൂടി മാത്രമേ എത്ര ആളു പറയാൻ പാടുള്ളൂ ഇംഗാർ വാജിബായതിനെ ഇങ്ങാറാക്കാൻ പാടുള്ളൂന്ന് തേടിയിട്ടുണ്ട് ആ ജാനീബ് നോക്കി ഇതോടെ താളീമാക്കുകയും ചെയ്യാം മറ്റേ ശരി ഇംഗാറായതുകൊണ്ട് ഇംഗാറാക്കുകയും ചെയ്യാം ണോ ചേർന്ന് ഇന്ദിതാബ് കിട്ടിയത് അവർ കാലീമാക്കണമെന്ന് വലഹുക്കാണ് യഥാർത്ഥത്തിൽ അന്നായിടക്കം കാതി നമുക്ക് നോക്കാൻ പറ്റൂല ഋദ്ദത്തിൽ പറയുന്നു അവന്റെ ഇന്ദിതാബിന്റെണ്ടല്ലോ ഇവർ ഇന്നൊരു ശേഷിന്റെ ആളായിരിക്കുക ഗജീഖത്തിന്റെ ആളായിരിക്കുക എന്നുള്ള ഇന്ദിതാബ് അത് ഷാഹിദുൽ അത് സാക്ഷ്യം വഹിക്കുന്നു ഈ താലീമി ആ കെയറോക്കിൽ അവൻ എന്താക്കണം ആദരിക്കപ്പെടണം അവന്റെ കാഴ്ചപ്പാടിൽ ഏത് ജനാബിലേക്കാണോ ചേർന്നത് അതിന്റെ ചിഹിതങ്ങളെ കൊള്ളേ ചിഹിതങ്ങളെ കൊള്ളേ ആ ജനാബിനെ വാങ്ങിച്ചിട്ട് എന്താക്കണം താലീമാക്കപ്പെടണം ുംത്തുലിബിൻ വ്യാധൻ ഇല്ലാറു ഇത് കാരണക്കാലാണ് ഒരാളും കുറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ലാത്ത ഒരാളാ വ്യാദൻ എന്തെങ്കിലും ശല്യം ചെയ്യലുണ്ട് ഇല്ലാബവം എന്നുള്ളത് അതിനെ തുടർന്നിട്ട് വലിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഏക്കാത്ത ഒരാളും ബാക്കിണ്ടായിട്ടില്ലാലും കൊണ്ട് തോന്നിയാലും പണ്ടാണെന്നല്ലോ എന്നൊരു കുറ്റം വയ്യ തമ്മി തല്ലെന്ന് ചുറ്റോടെ റിക്വസ്റ്റ് മാറി പോയിപ്പോ ഞാൻ അക്ക സുബഹാനു അന്നാമത്തെ വെച്ച് പിടിക്കുന്നു അല്ലെ അത്തക്ക് ജനാഭി അവന്റെ ജനാഭിനെ പറത്തിയിന്റെ വക ഇല്ലാഭി അമ്മയും നിന്നോ അവന്റെ മക്കൾ നിന്നും പ്രത്യേക കൽപ്പന കിട്ടാത്ത കാലത്തോളം ആ കൽപ്പനയ്ക്ക് ഓടിയിട്ടാണ് വന്നത് മതി പറഞ്ഞു إذا بكع المنتسب في عمد فيه حق من حقوق الله تعالى إن منتسبها يبقى يدعون ورقائلت لأغطاء يقولون فيه حق من حقوق الله تعالى عادل الله اللحة حقا الزنجل وضعه هل نعلم وقيم عليهم الحق وحقا باكرم وعنبا رتلاكنا لا نكاطون وكا نكاطا غيموريكونا اللحة لأداء مرطاقارم وعنبا غيموريكونا اللحة لحقوقنا ونبقى غيموريكو وصلنا الله എന്നിട്ട് ഒക്കെ ഓർമ്മത്തു അവന്റെ ഓർമ്മത്ത് കാത്ത് തുഷിക്കുകയും പാടും കട്ട് കൈമുറിച്ചതിന് പുറമെന്താ തന്നെ തള്ളാളെ ഒഴിക്കാൻ തൊട്ടു കിട്ടില്ല അത് നോക്കടാ അവനെ ഹബീസിന്റെ അറിവ് എന്താണ് ലാ തൽ അന്നുപോറൂ എവിടെ നാളെയുള്ള കാലത്തിൽ അവൻ ഹർദ്ധരിച്ചില്ലേ ഹർദ്ധരിച്ചിട്ട് നക്കുമ്പല്ലേ അയനത്തെയ്തും ലേനത്തെയ്യാൻ പാടില്ല തെറ്റ് സംഭവിച്ചു പക്ഷെ അള്ളാരികൾ മഹമ്പത്ത് വെക്കുന്ന ആളാണ് അയാളൊപ്പം തെറ്റ് സംഭവിച്ചു ശിക്ഷ കൊടുത്ത് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ലൈനത്തുപാടില്ല അപ്പൊ എല്ലാം അളന്നു മുറിച്ചിട്ടായിരിക്കണം പരിപാടി ഉണ്ടാകുന്നത് അൽ ഹരീത്ത് ഹരീത്ത് വഹിച്ചു വന്നു കാലം അബിൻ അബുദ് നിർത്തി അള്ളാരിന്റെ ഹദ് വന്ന പൊട്ടപ്പുണ്ടാക്കി ഹദ് അടിക്കുകയും ചെയ്തു അത് ലൈനത്ത് പാടില്ലെന്ന് അത് കാരണം എന്താ പറഞ്ഞ് അള്ളാന്റെ അസോലിനെ സ്നേഹിക്കുന്ന ഒരാളാ അള്ളാന്റെ അസോലിന്റെ ഹക്കിലേക്ക് മഹബൂബായി വഹിബായി മാറിയതാണ് കാരണത്താൽ അന്നൊന്ന് പറഞ്ഞു അയാളെ മാനിക്കുകയും ചെയ്തു രണ്ടു പാപം കണ്ടില്ലേ പറഞ്ഞതിന് എന്തോ വമ്മിച്ചൊരു ഹക്കുണ്ട് ഒരു മാന്യത കൽപ്പിക്കാനുണ്ട് ഒരു പാട്ട المجنون كلبا له من كان وقالوا ൂബൈത ഫോമിനിരൈല ഫലാമോ അലമകാലിഹു ഫകാലോലിം അനൽ തൽ കൽല ഫൽമതയിം ഹയ്യ രൈല അങ്ങനെ പാട്ടല്ലേ ലൈലീം മജുനൂനും ഇല്ലേപ്പാ മസൂറാണ് ലൈലിം മജുനൂൻ രണ്ട് കഥാപാത്രങ്ങളില്ലേ ആ മജുനൂനാ കണ്ടത് ബൈതാരി ഒരു ഒഴിഞ്ഞ മൈതായിയിൽ അനക്കണ്ട് കൽബൻ ഒരു നായിനക്കുണ്ട് ഒരു നായനക്കുണ്ട് ആ നായനെ പിടിച്ചിട്ടെന്തെയ്ത് അതിനൊരുപാട് ഉപകാരം ചെയ്ത് വലിയ ആദരവ് കൊടുത്തു അപ്പൊ ജവലഹുൽ ലൈലാന്ന് പറഞ്ഞാൽ എഹ്ത്താനാകുന്ന ഒരുപാട് കാര്യങ്ങൾ വരിച്ച് കൂമ്പാരം കൂട്ടിക്കൊടുത്തായിരിക്കും ഈ നായിക്കും ു അനാമാക്കാനമീൻ ഇദ്ദേഹം ചെയ്ത പണി കണ്ടിട്ട് ആളല്ല വിമർശിക്കാൻ തുടങ്ങി നായിനാദരിക്കുന്ന ആദരി കണ്ട കാലു എന്നിട്ട് അവർ പറയുന്നു ഇം അനൽ തൽക്കൽവന ഈ നായ്ക്കൊന്ന് ഇത്ര വലിയ കോണെല്ലാം കൊടുക്കണ്ടു എന്ന് ആളുകൾ വിമർശിച്ചു വക്കാല അപ്പൊ മജുനും പറഞ്ഞുണ്ടെന്ന് പറഞ്ഞോത്ത അത് നിങ്ങൾ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലൊക്കെ അത് മതിയാക്കി എന്റെ ന്യായം തരും എന്റെ അയിനി എന്റെ കണ്ണുണ്ടല്ലോ ു ഈ നായിനെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം അവിടെ മറത്തനൊരു ദിവസം ഈ അയ്യനെ ലൈലാനമുറ്റത്ത് കണ്ടിട്ടുണ്ട് ഇയാൾ മഹൂമത്തായ കൊണ്ട് ലൈലല്ലേ ലൈലാനമ്മറ്റിന് നായി മെയിന് കണ്ടിട്ടുണ്ട് ആ കേരളത്തിന് ബൊമ്മാനം കൊടുത്തു നായി ആയിക്കോട്ടും അതുകൊണ്ട് അന്നാന്റെ ആക്കുമായി ബന്ധപ്പെട്ട ആരങ്ങൾ കണ്ടാൽ അറിയിക്കുന്ന ബഹ്മാനമ്മ കൊടുത്തോണ്ടോ കുറ്റം ചെയ്ത് കുറ്റത്തിന് മൊത്തം പറഞ്ഞു വയ്ക്കും അല്ല പറഞ്ഞു നിങ്ങൾ കണ്ടിപ്പോ കേടുള്ള ഭാഗം മുറിക്കള്ള ഭാഗ്യതുന്നതാണ് അങ്ങനെ നിങ്ങൾ എഴുതി തന്നെ മൈക്കൊന്നും ചെയ്യില്ല പോട്ടൊരു പോയിട്ടാണ് ഈ മജുവിന്റെ മഹൂവട്ടല്ലൈല ലൈല മുറ്റത്ത് ഒരു ദിവസം ഈ നായന ഞാൻ കണ്ടിരുന്നു ആ കേരളത്തിലായി കൊടുക്കുന്ന ബഹുമാനം തേച്ചു ആ മോഡൽ അയക്കണം ತುಂಬ ಕಾಲ ಹಿನ್ನತೀಹತಿ पिन ನಸೀಹತ್ಲ್ ಬರಿಯನು ಇದ ಲಾಯಬು ಅಂತಕವು ಅಂದಾ ನಾನು ಗುಟಪಡ್ತ ಅಂತ ನಕ ಬರ್ದಿದೆ ವಲಿಯನ್ನ ಆಗಾ ಅಷ್ಟೇ ಲಾಯಬು ಅಂತಕವು ಇದೋರ ಮಾಯ ಸಂಗದಿಯಲ್ಲ ಅಂತಕನು ನಿಲ್ ವಲಿಯೇ ಒಂದು ವಲಿಯನಂದವಲ್ ಅಲ್ ಹಫವತುಲ್ ಹಫವಾತು ವದಲ್ಲತು ವದಲ್ಲಾತು ಇಂದಂಗಿನ ಚನ್ನ ಬಕ್ತಗಳು ಚಿಲ್ಲರ ಮೀಚಗಳು angle ಒಂದು ಎರಡು ಮೂರು ನಕ ಇರದೆ ಇನ್ನು ಇರೋ ಪ್ರಶ್ನೂ ಇಲ್ಲ വലിയ നാനോ വയസ്സും മാറ്റി വലക്കിന്റെ ഭാഗം ജീവിക്കണമെന്ന് ആരും ചെറുത്തൊന്നും വെച്ചിട്ടില്ലേ ഒന്നോ രണ്ടോ തെറ്റൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നുമില്ല അതാണ് പറഞ്ഞു പറയുന്നു അത് ഇപ്പോൾ പറയൂ കാലശാരിയോ ഓർക്കാപ്പുറത്ത് വരുന്നതിനാണ് അഫഹത്വം എന്ന് പറയുന്നു വേറെ കൂട്ടത്തിലെല്ലാം കൂടി സന്തബോധിതമായിട്ട് ഉണ്ടാക്കൂ ചില ഒത്തു വെക്കുന്നത് അപ്പൊ കാല് വെക്കലാണ് തെക്കുന്ന കല്ലത്തൊന്നും എഴുതിവുകളല്ലേ പകുതി വല്ലപ്പോ സാഹചര്യം ഒക്കെ അത് കൊടുക്കുമ്പോൾ അല്ലേ സാരി പറയുന്നു വൈഫു പറഞ്ഞെന്താ ഒരു വലിയ ഹുപത്ത് അല്ലെങ്കിൽ ചില്ലറ ഹഫവാത്തുകൾ എന്ന് പറയുമ്പോൾ അത് നിത്യേന പതിവാക്കുന്ന സ്വഭാവം ഉണ്ടാവില്ലാന്ന് അതിന് മനസ്സിലാക്കാന്ന് ചില്ലറ നേരത്തം വരുന്നതല്ലോ അല്ല എന്തുകൊണ്ട് ബി മുഫറദി ഹഫുബത്ത് മുഫറദാക്കി ടീം വറത്തിട്ട് പിന്നെ അൽ മർത്തോ അതുകൊണ്ടാണ് ഹഫുബത്തു മറത്തിന്റെ താഗതം പിന്നെ ജമാണേത് ഹഫവാത്ത് കില്ലത്തിന്റെ ജമ്മുകൊണ്ടോ അല്ലെങ്കിൽ ഏകവചനം കൊണ്ടോ പറഞ്ഞപ്പോ മനസ്സിലായി ചുരുക്കം ചെറുതേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി അപ്പൊ അത് അറിയിച്ചു അന്ന വൃക്വാകാലിക്കം എന്നും ഞാതിറോൺ വലിയ വാക്കിൽ ഉണ്ടാവൽ വളരെ ദുർലഭമായിട്ടേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായി അതുകൊണ്ട് അല്ലെങ്കിൽ അന്ന ശൈതാനല തത്തലി തലവാര കുലോഭിയും ശൈത്താൻമാർക്ക് പറ കൽബിന്റെ മേലിലെന്തില്ല അധികാര ചമത്തിലില്ല അതുകൊണ്ട് കൂടുതൽ ഉണ്ടാവില്ല പിന്നെന്തായാലും വൈനമായ യത്തോപ്പ ബിഹാറ ആ കൽപ്പിന്റെ ചുറ്റുപാട് കൂടി ഇങ്ങനെ നടന്നു കളിക്കലാണ് സാഹചര്യം കിട്ടുമെന്ന് ഒന്ന് ഒരു ഒറ്റ നോക്കൽ മാത്രമേ ഉണ്ടാവൂ കൽപ്പിനുള്ളിൽ കയറുക കള്ളന്ന മാതിരി അതുകൊണ്ട് തീരെ ഇല്ല എന്നും പറഞ്ഞുകൂടാ കൂടുതലുണ്ടെന്നും പറഞ്ഞൂടാറല്ല അതിനെ ഞങ്ങൾ തീരുമാനിക്കണം وقال فيه كتاب الانباه البرنطند لا سبيل للشيطان لدخول قلوب الاولياء اوليا ك القلبين لدخولك شيطانو प्रवेशنم الا النلتي عليه قلوب الاولياء ما غير النثار الله بين الاسرارകളുടെ കേന്ദ്രമാണದು ومظهر الانوار انوارന്റെ ളഹൂർന്റെ തലവാണ് അത اسرാരദാ اسرار الذات لان لا تصمندമായിരുന്നോ اسرാർનો inna sifatukum asmanakum jaradun duriyun anbarun duriyun fa fala tahum hawlaha a qulubun la chutti baga ivan chutti nadakkula illa ta'atannuri wa gadarikannu kallan maadi illa wasta'ikum ee kallanengal innamay aqli arlahu avante karyam poorthiyaakle faamilul ghafili apratullahu okkanallo astharthirumbale vokkaniyarkili avinnaymi allengil orangundalakkal ninne ും ഇവരാണെങ്കിൽ അവർക്ക് ഈ മക്കാമെല്ലി ബായി വലിയ ഉണർന്നി നല്ല ജാഗ്രതയുള്ള കൽപന്നു ഫൈദ അവർക്ക് ബോധ്യപ്പെട്ട് ഒരു കള്ളനിങ്ങനെ നടക്കുന്നുണ്ട് എന്ന ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാക്കും ശയം അമകാത്ത ചൈത്താന ദുർബോധനങ്ങളിൽ ഇന്ന് വല്ലതും റമൗഹു അവൻ ഒറിഞ്ഞു കളിയും ദലീലുകൾ ഉണ്ടാവുമല്ലോ അതാകുന്ന നല്ല ചങ്കോലുകൊണ്ട് വേറ് കൊടുത്തിട്ട് അവൻ ഓടിക്കും എന്തെങ്കിലും ഒരുങ്ങനെ വരുന്നുണ്ടോ ആ റോഹദിന്റെ അതിലത്തെ കൊണ്ടു ഒറ്റപ്പായിക്കിനെ കൊണ്ട് പഠിച്ചോളൂ പങ്കലവ ചൈതാനം ഹായ് ഭായി മടങ്ങിപ്പോകും റഹ്മാനായ അമാഹുവിന്റെ ആ കേന്ദ്രമുണ്ടല്ലോ കൽബ് അത് സുരക്ഷിതമായി പോയത് കൊണ്ട് ഇവിടെ കാണാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോകും ഇന്ന ഈമാതി സുൽത്താൻ എന്റെ പ്രത്യേക അടിമകളുണ്ട് ആ അടിമകൾക്ക് നിനക്കില്ല അവരെ മേൽ സുൽത്താനാകാൻ സാധിക്കൂലെന്നുള്ള ആൾക്കാർ വിവരത്തിനോട് പറഞ്ഞല്ലേ സുൽത്താൻ ഇല്ല എന്ന പറഞ്ഞു സുൽത്താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കാൻ കഴിയില്ല എന്ന് അർത്ഥം വരുന്നില്ല നിന്റെ കയ്യിലെതുക്കാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് അവിടെ സുൽത്താനാകാൻ കഴിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പരിസരത്ത് പോലും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ സുൽത്താനാവുക എന്ന ആ വാക്കിന്റെ പ്രയോഗം എന്താണ് എന്നെ പിടിച്ചടക്കിയത് റാലിബായി കയ്യിലൊതുക്കുക എന്ന അർത്ഥം വരുന്നില്ല هذا هو صديق الله <سؤال> يقول الله يعلم اي لا غلم تلك عليهم ننك اوالك يوالك تنجوا فبان بهالا إذو قلت من صلائي أنه وين رام القرب منهم اي أولياء كلماء ايشتري شيطان عدقا مردني فوضي وشلناك نفلاينا لغرنه ونفتشم بورتياه لنا وانا عاش برولا وين تباستني لباغ المصورة ചില ചില വസ്വാസകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓണിക്കുന്ന കാര്യം മാർഗം സ്വീകരിച്ചാലും ശരി പിടിച്ചിറക്കാൻ കഴിയൂലോന്നു ചില്ലർക്കില്ല ആ മഹലാ അസ്വാസത്തിന്റെ മഹലാണെങ്കിലോ നാഹിരു കൽബാണല്ലാ ബാത്തിനു ബാത്തിൻ എല്ലാം തരും ബാത്തിന്റെ എത്തിയില്ല അല്ല അഹ് മഹൽ ഉൽ മാരിഫത്തിലില്ല അള്ളാറുവിളിനെക്കൂട്ടുള്ള മാരിഫത്തിന്റെ കേന്ദ്രമാണ് ബാത്തിനി അതിലേക്ക് പ്രവേശനമില്ല ആരിക്കും വരാനും തള്ളി മാറ്റം ചെയ്യൂല പറയുന്നത് വലാഴ്ചത്തിന് നിലനിൽപ്പുണ്ടാവൂലത്തിൽ കറാറും ഒരു നിലനിൽപ്പുണ്ടാവൂല ഇന്നോട് ലിറ്റുപോത്തി ചക്രവർത്തിയും വക്കുമ്പത്തിനോടി ബസാരിയും അവിടെ ചക്രവർത്തുണ്ടോ ജാഗ്രത ആ അറ്റൻഷൻ നല്ല ശക്തി ഉണ്ടായിരിക്കും أضار الله بصيرتن أنه نور الله بورون لرحانه من الجيطان يستيه وصوصدني برسوكا ميتا فإذا استسعرها القلب قلبي بوضيك وردوه إذا وصوصدتهم بطلس عن دوري وردوه شيطان تنطوره وردوه برمضان برمضانك عن دوري كان أقلت أبا سعيدا وليكن كما خبر الله عنهم الله تعالى بغنوذن بقوله إِنَّ الَّذِينَ اتَّقَوْ إِذَا مَتَّهُمْ طَائِفٌ مِّنَ الشَّيْطَانِ تذكروا فايراهم خبثوا ان الله ترى بر ذين تقوا الله سبحانه وتعالى تقوا تيني باغم اذا ما تهم امر ارضيتال طيب من الشيطان الشيطان ذكر ان الله رضيت قلب ماจีน छुटीटी നല്ലകാരം മൈദണ്ടോ നോക്കുന്നതായി طيب എന്നതിൻ ഖiratണ്ട് طيب എന്നുള്ള സൈത്താന ദുർബലൻ സൈത്താന റക്കന തട്ടിയ തദക്കര അവർ അറ്റൻഷനി എന്താ വന്നത് അതെന്താ വന്നത് ആ ടെൻഷനായി ഇതാകും മുഖസറൺ അപ്പോഴേക്കും അവർന്തായി മാറി ഇനി കൊണ്ട് കറ്റാൻ വിടൂല ഒരു ദിവസവർഷത്ത് വരാം വന്നാൽ എന്താകും തീരെ വരൂലെന്നല്ലാന്ന് പറഞ്ഞിട്ട് വന്നാൽ എന്തായിരിക്കുന്നവർ ോ നീ ചിന്തിച്ചോ അല്ലെ അന്നം ഹക്കുമൽ വസ്വത്തി വസുവത്ത് എന്ന ഹുക്കുമ്പ് ഇവർക്കൊക്കെ നഫി ചെയ്തിട്ടില്ല അവരാക്കി പിന്നെ അഹ്മത്ത് ലഹുമൽ ഞെക്കണ്ട ആ ഉണർവിനെ അവർക്ക് സുഹൂട്ടാക്കിയാകില്ല വസത്ത് വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും എന്നാണല്ലോ ഞങ്ങത്തെ ഞെക്കളത്ത് അൽ മുത്തമ്മിന അത് ഉൾക്കൊള്ളിക്കുന്നു നസിയൽ ചൈത്താന തതിയിൽ കുടുങ്ങിയിട്ട് വഴികട അവരുണ്ടല്ലോ അതിന് നഫീന ഉൾക്കൊള്ളിക്കുന്നു ഈ ബോധവാനായ മറ്റു വഴികളില്ല അതിനകത്ത് വെറുകൾ അതിൽ ഉറച്ചിരിക്കൽ എന്ന് പറയുന്നില്ലേ കമാറുകുറമിൻ അഹിൽ ഹഫലത്തി ഈ വഴികളുടെ ആ ഒരു ചതിയിൽ കൊടുങ്കലും ദോഷത്തിൽ തന്നെ നിലനിന്ന് വസ്ഫ് ആരുടെ മന്ദുക്കിറമിൻ അഹിൽ അഹിലകാൽ പറയപ്പെട്ടവരുടെ വസ്തം ബോധവന്റെ നേരൊപ്പത്തിനുണ്ടല്ലോ അപ്പലത്തിന്റെ ിൽ ആയത്തിൽ താലിക്കത്തി നേർക്കു നേരം പറഞ്ഞ മൂന്നാമത്തായത്തിൽ അത് അക്കടിപ്പുഴവാകുന്നു കിൽ ആയത്തിൽ താലിയെത്തി എന്നാക്കണമേ മൂന്നാമത്താഴത്തെന്തിന്റെ മൂന്നാമത്തായത് സൂഹത്തിന്റെ മൂന്നാമത്തായത്താവൂല ഇന്നല്ലീനത്തെ കൊയ്താം അത്തവും തായ്ഫും തടക്കറോ വൈതാഹും എന്നുള്ളത് സൂഹത്തല്ല ആ രാത്രി ഇരുന്നൂറ്റി രണ്ടാമൊന്നാമത്തായിട്ട് തൊട്ടടുത്ത് എന്താ പറഞ്ഞു ഇതിന്റെ മാറ്റക്കാരായ റഫലത്തിന്റെ അനുകാര സ്വഭാവം എന്താകും ചെയ്താൻ ഇട്ടുകൊടുക്കുന്ന അതങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് അതിൽ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞു അപ്പൊ ഇതില്ലാതെ താലിധീൻ ആക്കുന്നു താലിഖീനാക്കിയ ശരിയാവില്ല തൊട്ടടുത്ത് ഈ ആളുകളെ മധുശ പറഞ്ഞതിന്റെ തൊട്ടടുത്തായത്തിൽ റഫലത്തിന്റെ അനുകാര വിഷയം വന്നാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിവർക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ താലിഖാൻ ആക്കിയ ശരിയാവൂല പഠിപ്പിക്കാനാണ് വന്നത് അല്ല പഠിക്കാൻ വന്നത് കൊറാണെന്ന് പറഞ്ഞു തെച്ചുകൊട്ടാ തീർത്തണ മക്കളെ ഞാൻ മഹസൂന്നൂന്നല്ല എന്ന് പറഞ്ഞത് താലിയത്തിന്റെ പിന്ന സിംഹത്തെയും പിന്നെ നീഹത്തിൽ അനിയും പറയുന്നു ഇതെല്ലാം മഹത്തോന ആ ഒരു മഹപ്പൂങ്ങളാണ് മാസിയും ലഭിച്ചതെന്ന് പറഞ്ഞാൽ എന്താ മാസത്ത് ജയിസാണ് എന്താ ഇഹ്ലാഫിന്റെ ഇസ്മത്തിന്റെ മാറ്റം ഇല്ലോ ആയ ജ്യൂസ് കണ്ട ഇസ്മത്തിനൊന്നില്ല ദോഷം ജായിസ് അല്ലെന്ന് ഇഫ്ലിൽ ജായിസാണ് പക്ഷെ ജായിസാണ് പറഞ്ഞാലോ ഇല്ല നഹുൽ ഇസുറാർ ഉണ്ടാവില്ലെന്ന് വെച്ചോളണം ദോഷ സംഭവിച്ചു കൂടെ അടി ജയിച്ചാക്കും സൗകര്യം അങ്ങോട്ട് വന്നു വലായുക്താഭി വിധ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിനെ നമുക്ക് ഓർമ്മ മാതൃ ആക്കാൻ പറ്റൂലെന്നും അവരവധിയല്ലേ അവല രീതല്ല അനാലി അതുകൊണ്ട് അവതൃകയാക്കിയേക്കാം ഗുരു ഒരിക്കലും സിന്നത്തെന്ന് പറഞ്ഞ മാതിരി ഞങ്ങളെ രണ്ടാവും ഗുരുവരിച്ചു അഞ്ചി മിഞ്ച് കൊടുമ്പോൾ ഗുരു ഒരിക്കലും സിന്നത്താക്കണം ഓരോ കുറ്റം കൊടുത്തലാവുന്നൊന്നും ആരായി തന്നെ ജമുക്കില്ല അത്തരത്തിലുള്ള മത്സ്യത്തിന്റെ വിഷയാക്കി ജന്മക്കില്ല ഓരോ വ്യക്തി പാല്ല സൂര്യൻ ജുരേദ്രിയെന്നോട് ചോദിക്കപ്പെട്ടു ആ എരിഫ് ആരിഫായോ മനീഷൻ ദിനാ ചെയ്യുമോ എന്ന് ചോദിച്ചു കകടം നപ്പുതൂറാൻ അന്നാറിവിന്റെ തീരുമാനം എന്താണ് അവിടെ അടുപ്പിൽ ഊരും അല്ലെന്ന തീരുമാനത്തിന് അടുപ്പിൽ വരുന്ന അപ്പ മൂമ്പത് സംബന്ധിച്ച വകാന ബിനാത ഇല്ലല്ലാഹി വരി യല്ലാഹ വരി യല്ലാഹ് ദൈത ചി ഐദി എനിക്കറിഞ്ഞോടാ ലൗഖീല ലഹു മൂബറോട് ചോദിക്കപ്പെട്ടെങ്കിൽ ആ തഅല്ലഖു ഹിമ്മതല്ലഹി ബിഗൈറില്ല വദാരിദിൻ മനക്കർത അല്ലാഹു അൻദത്തനോട് വന്ദിക്കുമോ എന്ന് ചോദിച്ചಿರെങ്കിൽ ലഖാല ലാ എന്ന് പറയുമായിരുന്നു അപ്പോൾ കൽബിന്റെ ബന്ധത്തിനെ সম্বন্ধে ചോദിച്ചാലാ എന്ന് പറയും വന്ദിക്കൂലാ എന്ന് പറയും форме എന്ന പ്രയോഗം সম্বন্ধে ചോദിച്ചപ്പോൾ അന്നാ അദാംദിയ സല്ലവ നടക്കും അപ്പൊ വലായും അതുകൊണ്ട് ഫുക്കറായ നമ്മൾ ഇൻഗാറാക്കാൻ പാടില്ല ഇല്ലാത്ത ഹറാമാക്കപ്പെട്ടതാണ് എന്ന് മുഹർവമായ കാര്യം എന്തുണ്ടോ അതിനു മാത്രം ഇങ്കാറാക്കിയാ മതില്ലേ പിന്നെ തസ്ലിമാക്കണം എന്നല്ലേ തസ്ലിമാക്കണം ജവാസിന്റെ സുഹൃത്തു അടുക്കാണെന്ന് നമുക്ക് കള്ള ഓടിച്ചിട്ട് അത് കള്ളല്ല പാലാണെന്ന് തീർച്ച കൊണ്ട് പോലും തസ്ലിമാക്കണം എന്ന് വരുമോ അതും വരൂല ുത്തല മൂലവും അവർക്ക് വേണ്ടി തസ്സീമ ചെയ്ത് കൊടുക്കുകയും വേണ്ട ഇല്ലാ ഭീമാ ഒന്നിലല്ലാതെ ലഹു ആ ഒന്നിന്നുണ്ട് സൂറത്തും ഒരു നാല് സൂറത്തുണ്ട് പിന്നെ ആ സൂറത്തിന് വേണ്ടി അപ്പാലുണ്ടാക്കും ഹലാലായിരിക്കും ആ സൂറത്തിനെക്കൊന്നു നോക്കി അലാലാ എന്ന നമ്മൾ കൂടുതൽ നോക്കണ്ട അതുകൊണ്ട് ബുക്ക് ചെയ്യും അത് അതിന് നൽകണം ഇന്ത് അനുഭവിക്കുന്ന മൂഹറി ശരൈനേനം ഉൾപ്പെട്ടായിട്ട് എന്താക്കി ഇത്ര നക്കൽ ചെയ്തിട്ടില്ലേ അത് ഇതിനാണ് അത് മൂപ്പർ പറയുന്നുണ്ട് വൈന്നമാ നക്കൽ തുഹു ഞാൻ ഇതിനൊക്കെ നക്കൽ ചെയ്തിരുന്നു മഴ കൈരിഹി വാറപ്പല കിട്ടാതെ നീ ബാറത്തും കാഫിയുടെയും നീയത്തിന്റെയും പല വെച്ചില്ല അത് നീ ഉന്തര അലയി ഞാനീ ഈ തത്വം കൊണ്ടുപോകണം ഇതിനെ മായത് റുഹൻ ആദ്യമോ വൈത്തിൽ പറയാമോ എന്ന കാര്യമുണ്ടല്ലോ അത് മുഴുവൻ ഈ ന്യായാടിസ്ഥാനത്തിലായിരിക്കണം കൊണ്ടുപോകേണ്ടത് ബൈക്കിൽ എന്താ പറയുന്നത് മൂപ്പറ കാലത്ത് ഈ ഫക്കീറിന്റെ കോലം കെട്ടിക്ക് വരുന്ന ആളാണ് നമുക്ക് നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് ആ വിമർശനങ്ങളൊക്കെ അത്രത്തോളം ഗൌരവത്തോളം ആക്കാൻ പറ്റൂല ഞാനിപ്പന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കാണിക്കാൻ അതാ ഞാനെന്നെ പറഞ്ഞത് ബൈക്കിലും സലഹം തമ്മിലെത്തി ഇസ്ലാമുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ ഈ ശരണേക്കടക്കാൻ പോന്നു ഫകൗ ഇസ്മ സൈല അപ്പോൾ കുറച്ചേ ഗുട്ടി വെച്ച ചെയ്തു കൊണ്ടപ്പോൾ പോൻ വെറ്റുള്ളോനാണോ സാരിന്റെ ഹോക്ക് ഫകൗഹു ഇദാ അലിന്ത ബൈതലി ഇദാ അലിന്ത ആയി ഇദാ അലിന്ത അഹ്വാലു സൂഫിയത്തി വശ്ശുഹൂബ തലാമിത്തി തലാമിത്തി ശൈഖുമാറു ഉന്നദമാറു ശൈഖുമാറു സൂഫിയത്തിൻ അഹ്വാലുനി അറിഞ്ഞല്ലോ കൈഫ കാനതു അഹ്വാലുഹും അവ അഹ്വാല പ്രകാരമായിരുന്നു ിൽ മുൻകഴിഞ്ഞിടത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള സോഫിയാക്കളെല്ലാം അവരുടെയോ ഉറപ്പുവരിക്കുകയാണ് കാര്യങ്ങളിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരുപാട് ബിരിയാർട്ടുകളെ കൊണ്ടാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പല അതീം അവരെ നീ പിന്തുടരാൻ പാടില്ല വലിയ വില്ലത്തി നീ അഴത്തലും നിനക്ക് അവതാകുണ്ടെങ്കിൽ മെച്ചമായ രീതിയിൽ നീ അവരെ തമ്പിലാക്കി വളർത്തി കൊടുക്കുകയാണ് മാത്രം ചീത്ത വരാണമെന്നില്ല ബന്ധവരുണ്ടല്ല കോലുപത്തിയിട്ട് കണ്ടെത്തി തോക്കണമെന്നൊന്നും പറയുന്നില്ലേ അതെല്ലാം അഭിമാനം ഓർക്കില്ലേ ഓർവർത്തിക്കൊക്കെ തുടങ്ങിയവല്ല അല്ലെങ്കിൽ പാതിരച്ചിങ്ങനെ പിന്നെ വൈല്ല നിനക്ക് സാധ്യമാകുന്നില്ലേ നാ പശ്ക്കഭിനിക്കാൻ നിന്റെ കാരൻ നിന്നെ നഷ്ടമായി ബന്ധപ്പെടൽ മാത്രം നിന്റെ ഡ്യൂട്ടി ഫല തന്ത്രത്തിൽ ഓർമ്മ അച്ചടുക്കാനും വേണ്ട ഫൈനൽ പ്രവാഹത്തിന് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉദ്ദേശിച്ച സുദ്ധിയുണ്ടോ അതൊന്ന് ഞമ്മക്കറിയാം വലൈസത്ത് കൊല്ലു വിദ്യാർത്ഥി മഹരണ വിദ്യാർത്ഥല്ല മഹരണമായിക്കൊണ്ടിണ്ട ാക്കപ്പെട്ട കാര്യ ആയിക്കൊള്ളണമൊന്നുമില്ല എന്തുകൊണ്ട് ഫൈന വിദേഹത്തിലുണ്ട് മാവവാജിപൻ വാജിപായ വിധേയില്ലേ ഇതുണ്ടാക്കലും ഇതൊക്കെ പണ്ടും വാജിമായ വിധേയല്ലേ തങ്ങളായിട്ടുണ്ടെയിനത് പമ്മാവർണമൻ മൊഹർണമായ വിധേയത്ത് കറിയുണ്ട് പൊമാവം അക്കുറവ വിദേശമുണ്ട് പമ്മാവം ഉപാഹൻ മുബാഹ വിദേശമുണ്ട് ഇതുകൊണ്ട് വിദേശത്ത് എന്ന് കാട്ടവാടൻ എടുക്കാൻ പോന്ന അപ്പൊ വിദ്യാർത്ഥികൾ മഹറമത്ത് എന്ന് പറഞ്ഞാൽ എന്താ പല വിദ്യാർത്ഥികളും മഹർണമത്തൊരു തങ്കുന്ന കായികത്തും കവാടി ചെറിയ ഇപ്പൊ നിലവിലുള്ള കായിക ഉണ്ടാവുമല്ലോ ആ കായികളെ ഇപ്പോൾ ഏതെങ്കിലും കായിക തകർത്ത് കളയുന്നതാണ് വിദ്യാർത്ഥം മുൻകർത്തു ശെറയിൽ ഇന്നത് മുസ്താഹാണ് ഇന്നത് വാജിബാണ് എന്നൊക്കെ ഉണ്ട് അപ്പൊ മുസ്താഹ്ബായ് നിലവിലുള്ളൊരു കാര്യം ഉണ്ടാക്കി അതിനെ തകർക്കുന്നു അതിനെതിരേക്ക് ശെറയിൽ മുസ്താഹ്ബാണേത് നോമി നിങ്ങൾ കണ്ടാൽ തരാൻ ചെല്ലുക സംഘടന കൊടുത്തിട്ട് പാസാക്കുന്ന ഇന്നാവിതല അങ്കെല്ലാം പാടില്ല നീതി ഉണ്ടോ ഞാരുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക സംഘടന കൊണ്ടി അവർക്ക് ഇരിക്കേണ്ടില്ല തീയ്യന്റെ കായിക കൊളിക്കുന്നത് വിദേശം മത്താ വിദേശം വിദേശനാണോ ആരും പാസാക്കണം അവനെ പറ്റി അറിയണം എന്നിട്ട് ചില വിദേശ ഇവരെ ഇറ്റക്കൊക്കാത്തോണ്ടെങ്കിലും വിദേശായിരുന്നു ഒരു കുട്ടം എന്താണ് നമ്മൾ കൂടാണ്ട് അജുനും പാർട്ടിയാക്കി റൂറ് പോയി കളിയുന്നുണ്ടും നമ്മൾ കത്തൂർ കാരണം ഹരാറും അതിനെ ഹരാലാക്കി ഭൂമിനിയോട് ഗലാഞ്ജലിന് ആറാമാക്കി ആഹരീന് ഹരാൽ അല്ല ഹരാലി ഹറാമാക്കി തഹരി ഹരാനെ പിടിച്ചിട്ട് ആറാമാക്കി ദീർഘത്തിൽ ചെറൈൻ നിന്ന് നഗരണ്ട് അക്കാമിനെ തട്ടി മറിച്ചിട്ട് നേരെ കുതിന്നു കൊണ്ടേന്ന രീതിയിൽ എന്താണെത്താണ് എന്നാൽ അത് മുത്തഹെത്തനത്താകും പൊണ്ട മുൻസറത്തിലേണ്ടില്ലേ ഒന്നിക്കും പോവാൻ ആദ്യം പൂട്ടാക്കാൻ പറ്റിയത് ഉണ്ടാകും അല്ലെങ്കിൽ വിധേ അത് ഹെത്തനാത്തിൽപ്പെട്ട നല്ല നല്ല കാര്യങ്ങളുണ്ടാവും അപ്പൊ അല്ല എന്താ വിദേഹത്ത് അവഗാനം ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രകാരം പറയണം അങ്ങനെ അത് മുബാഹത്തം ചില മുബാഹത്ത് മാത്രം ഉണ്ടാവും ഇതുപോലെ കത്താലേക്ക് സുബഹത്തി ഒരു തസ്മിയുമായി കെട്ടി തൂക്കുന്നു നിങ്ങൾ തസ്മാലെ കെട്ടി തോക്കി ആയിരം മണി തസ്മല കെട്ടി തൂക്കി പിന്നെ അടിക്കട്ടുണ്ടാവും അറാം കൂടാം മുംബാഹം വാക്കിക്ക് ജമാഹത്തൻ ജമാഅത്തായിക്കൊണ്ട് വെക്കുന്നതുകൊണ്ട് നീറ്റ് നിൽക്കുന്നു അത് സ്വഭാവം മുംബാഹരിക്കും അല്ലെ മുത്താഹായിരിക്കും അത് സാധിക്കാം وَقَوْرِهُ إِذْ أَحْدَتُوا بَيْنَهُمُ اتِّيْلَاحًا أَبْدَ لَلَيْسِ جَنَا إِسْتِلَاحَاتًا دَاكِينَ عَلَى اللَّهُ أُبْرَقُ جَبْرَتِي وَذِنْ أي مطرخ آره يُنَّرَ فِي هَذِهَا الْإِسْتِلَاحَاتِ إِسْتِلَاحَاتَ عَذَا بِرْشَوْرِكَرَمْ كُجَّبْرَتَنْ بَيْنْبَقِ مَعَذَرَ നിങ്ങളുണ്ടാക്കിയ ഇത്തരം ആർത്തുകൾ തിറയിന്റെ കവാഴത്തിൽപ്പെട്ട ഒന്നിനെയും ഭേദഗതി വരുത്താത്തതാണോ എന്നാ പറയാളാ നമുക്ക് എത്ര ആവില്ല സെറയിന്റെ കവാഴത്തേക്ക് എതിരായിട്ട് വരുന്നോ എന്ന പൈറസിൽ നല്ല സ്നേഹത്തോടുകൂടി സൗമ്യതയോട് കൂടി അവർ വരുത്താതാക്കിയിട്ട് മാറ്റിക്കളയാൻ വിമർശിക്കാൻ പറ്റൂലാണ് അവർ ആരോക്കട അത് തന്നെ തന്നെ വിദഗ്ധകളാൽ പഴതം ഉണ്ടാക്കി വിഷയത്തിലായിക്കൊണ്ട് അവർ തസീബുണ്ടാക്കി വാക്ക് തറുമാർ കാലത്ത് ഹറാമൻ ഇന്ത് സോഫിതക്കെന്നെ ബഹിസരപ്പിച്ചുകൊണ്ടു പോയിരുന്നു സോഫിയത്തിന്റെ അടുത്തൽ ഹറാമായ ചില കാര്യങ്ങളാകുന്നു പറഞ്ഞ് ഫയ അതിന് ചിന്തിക്കാറുണ്ട് അൽ ജഹമ്മ ഈ കാലത്ത് ശരീരത്തിന്റെ മീതാനാണ് ഉണ്ടാക്കണം ശരിക്കും ചിന്തിക്കുക ആരാ വന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അതുകൊണ്ട് ചോദിക്കാം മാത്തക്കത്ത മുമ്പ് എല്ലാം കുറിച്ച് അറിയത്തുള്ളൂ വന്ദഹജു എന്ന് പറഞ്ഞ തലക്കൂ മനാഹിലെ തുറക്കം മങ്കൂത്തൻ തലകുത്തനായ ചില തെരീക്കളിലാണ് ഇവർ പ്രവേശിച്ചത് തലകുത്തനാണെന്നുസ്തീമക്കളും വർത്തക്കത്തൻ ആക്കൂത്തൻ ആ തരീക്ക് സൂഫിയ സൂഫിയാക്കളായ തെരീക്കത്തിനോടൊപ്പം ചേർത്ത് നോക്കിയാൽ നേരെ അക്കെട്ടായ തെരീക്കാൻ ഇവർ പോക്കുകയാണെന്ന് എന്തുകൊണ്ട് ഇപ്പൊ സൂഫിയത്തിനെതിരിക്കുന്ന ദുഞ്ഞാവിനെയും ദുഞ്ഞാവിന്റെ അലുകളും കൈപടിയിലുഹുദിനെയും ഹൊമോൾ എന്ന പ്രശസ്തിയില്ലായ്മ പ്രശസ്തി വേണ്ട പൊട്ടത്തിലും വരണ്ട കോട്ടത്തിലും വരണ്ട ഒന്നിലും വേണ്ട പ്രശസ്തി ഇല്ലായ്മയെ തെരഞ്ഞെടുക്കുകയാണ് എന്ന പ്രക്കൊലനം അപ്പൊ ഇപ്പോഴോ നേരത്തെ കുറ്റത്തെ പൊട്ടത്തിൽ തന്നെ വരണം ഇച്ചക്കാരും ബി ഡി എഫ് കാരും വന്നിട്ടില്ലെങ്കിൽ അത് നേരത്തെ തന്നെ തന്നെയാണല്ലോ മാലനിക്കും ദുഞ്ഞാവലിയാകത്തേക്കും ചാഞ്ഞ് ആ മാലനിത്തി അവിടെ ശരത്ത് എന്ന അച്ചടി കാണുന്നത് പക്ഷെ വേണ്ടത് ചൂഹത്തു നിന്നാണ് വേണ്ടി എന്തുകൊണ്ട് അപ്പുറം വന്നും നമുക്ക് തർക്കു ദുഞ്ഞ അതിന്റെ ഒപ്പം തീർച്ചയായി അപ്പൊ അതിന്റെ മുക്കാവിലെന്താ വേണ്ടത് മാലഅലി ഹൊി സുഹുറത്തിന്ന വേണ്ടത് ഹൊമോ സുഹൃത്തല്ലേ സർവത്തിന്റെ മുക്കാബിലപ്പുറം പറഞ്ഞു അപ്പോൾ ദുഞ്ഞാവലും ദുഞ്ഞാവിന് ഹരി നടക്കുള്ള ചാന്ന് സുഹുറത്തിന് അയാൾ ഉണ്ടാക്കി ഇപ്പം പ്രത്യക്ഷ ഇഷ്ടപ്പെടുകയും ചെയ്താൽ സ്വന്തത്തെ അക്കത്തെ ദരീത്തവും സൂപ്പിസ്ഥയില്ലേ فطلقت طريقته منغوطه تطلب تنادي كده प्रवेशت 이르 놓고 내 रखताುವುದಿಲ್ಲ 고모언 고모언 내 거쁘드는데 소흐르타 손노 알라이히 와 살람 तंगना 소티 하디스 लोनนटுண்டு 안나후 카알 이자우 요물 키야마티 비아쿠 아민 키야마투나 알 인제 데나글레 콘두 വര푸둥 마흐움 알 하스나트 അർത്ഥരാത്തുകളിൽ അവടെ കൂടെയൊരു നംസാ ലിപാലിതിഹാമ തിഹാമാ പർവ്വത